സങ്കീർത്തേ മധുസിദ്ധസൂ പീശ്വരീ മ്പരയെ സ്മരിച്ചുകൊണ്ട് വിശ്വാസ്യപരിഷാഷ്യ ചർച്ചയാണ് ആദ്യത്തെ മന്ത്രം ആണ് നമ്മൾ ചർച്ച ചെയ്തത് ഭാഷ ഭാഷ്യം വായിച്ച് അതിന്റെ പദാർത്ഥം എന്ന് പറയാം ശ്രദ്ധിച്ചോണം ഭാഷ വായിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിനെടുത്ത് വാങ്ങാൻ തന്നെ അതിന്റെ പദാർത്ഥങ്ങൾ ഈഷ്ട് തേന ഈശ ഈശ എന്ന് പറയുന്നത് പ്രതീകമാണ് ഈഷ്ഠെ ഇരുകിട്ട് അതിന്റെ വിത്പത്തിയാണ് എങ്ങനെയാ ശബ്ദം ഉണ്ടായിന്ന് കാണിക്കുകയാണ് തേന ഈശ അതുവരെയുള്ള വിത്പത്തിയാണ് ഈട്ടെന്ന് പറയുന്ന പദത്തിന്റെ തൃതിയാണ് ഈശ എന്ന് പറയുന്നത് ഈശ്വരനാൽ നിന്നർത് ഈശിതാവ് അവരാണ് പരമേശ്വരൻ അതിന്റെ വ്യാഖ്യാനമാണ് പരമാത്മാർവത്തിന്റെയും പരമാത്മാവാണ് അത് ഈശിത എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വ്യാഖ്യാനമാണ് ഈട്ട് എന്ന് പറയുന്ന അർത്ഥമാണ് ഈശിത എന്ന് പറയുന്ന ഈശിതാവ് അതിന്റെ വ്യാഖ്യാനമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് സ ഹി സർവമ അവൻ സർവം ഈഷ്ഠേ സർവത്തെയും ഈശാനം ചെയ്യുന്നു ഭരിക്കുന്നു സർവ ജന്തുനാം ആത്മാസൻ സർവജന്തുക്കളുടെയും ആത്മാവായിക്കൊണ്ട് സൻ എന്ന് പറയുന്ന ഒരു പദം ഇടക്കിടയ്ക്ക് എല്ലാം വരും സൺ എന്ന് പറയുന്ന പദം വരുമ്പോൾ നമ്മൾ അതിനു മുമ്പ് വരുന്ന പദത്തിനോട് ചേർത്ത് വായിക്കുന്നത് അതിനോടായിരിക്കും അത് അന്വേഷിക്കുന്നത് പരമാത്മാ സർവ്വജന്തുവിനും ആത്മാ സൻ സർവജന്തുക്കളുടെയും ആത്മാവായിക്കൊണ്ട് എന്നർത്ഥം ആത്മാവായി നിന്നുകൊണ്ട് എന്നൊക്കെ അർത്ഥം പ്രത്യേകാത്മതയാണ് അത് തന്നെ വിശദീകരിക്കുകയാണ് പ്രത്യേകാത്മാവായി തേനസ്വേന രൂപേണ ആത്മന അതിനെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് സ്വരൂപത്തിൽ ആത്മരൂപത്തിൽ ഈശ അങ്ങനെയുള്ള ഈശ്വരനാണ് ആത്മാവായിരിക്കുന്ന ഈശ്വരന വാസ്യം അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നു ആഛാദനീയം മൂടപ്പെടേണ്ടതാണ് ആച്ഛാദനീയം അവസാനം വരും കരണീയം ചെയ്യേണ്ടതാണ് ഒരു കർത്തവ്യത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ് ഗമനീയം പോകേണ്ടതാണ് ഭജനീയം ഭജിക്കേണ്ടതാണ് അങ്ങനെ വരുന്ന ഒരു അർത്ഥത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രയോഗിക്കുന്നത് അച്ഛാദനീയം അച്ഛാദനം ചെയ്യപ്പെടേണ്ടതാണ് കിം എന്തിനെ ഒരു ചോദ്യമാണ് അത് മന്ത്രം ആണ് ഇതം സർവമെന്ന് പറയുന്നത് പ്രതീകമാണ് ആ മന്ത്രത്തിലുണ്ട് ഇതം സർവം യത്കിൻ്റെ ജഗത്യാം ജഗത് യിൻ്റെ ജഗത്യാം അത് പ്രതീകമാണ് ജഗത്യാം എന്നുള്ളത് എന്റെ അർത്ഥമാണ് പറഞ്ഞ് പൃഥ്വി ജഗത് സർവം അതിനെ വ്യാഖ്യാനിക്കുകയാണ് അത് മുഴുവനും ജഗത് എന്ന് തസർവം ആ ജഗത്തിന്റെ അർത്ഥമാണ് പറഞ്ഞിരുന്നത് സർവം ജഗത്യാം എന്ന് പറഞ്ഞ പൃഥ്വിയാമെന്ന് കിട്ടി ജഗത് എന്നൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ സർവമെന്നുള്ള കിട്ടി സേന ആത്മന ഈശേന ഈശ എന്നുള്ളതിന്റെ അർത്ഥത്തെ ഒന്നുകൂടി ഇവിടെ അനുസ്മരിക്കുകയാണ് സേന ആത്മന ഈശേന അത് തന്നെ വിശദീകരിക്കണം പ്രത്യേകാത്മതയ അപ്പോൾ പ്രത്യേകാത്മാവായിരിക്കുന്ന ഈശ്വരനാർ എന്നുള്ള അർത്ഥം കൂട്ടി ആച്ഛാദനീയം എന്ന് പൂർവ്വത്തിനോട് ചേർക്കണം എങ്ങനെ അഹമേവ ഇതം സർവമിതി അഹമേവ താൻ തന്നെയാണ് ഇതം സർവം ഇതി എന്നുള്ള പരമാർത്ഥ സത്യരൂപേണം ഇതാണ് പരമാർത്ഥ സത്യം ആരൂപത്തിൽ അനർഥം ഇതം സർവം ചരാചരം അനുധമായിരിക്കുന്ന ഇതം സർവം ചരാചരം ഇതം സർവം എന്നുള്ളതിന്റെ വ്യാഖ്യാനമാണ് പറഞ്ഞത് ചരാചരം ഇതം സർവം എന്ന മന്ത്രത്തിലുണ്ട് ആഛാദനീയം ആച്ഛാദനം ചെയ്യപ്പെടേണ്ടതാണ് ഈശ അതിന്റെ അർത്ഥം വീണ്ടും പറയുന്നു സ്വേന പരമാത്മന പരമാത്മാവെന്ന് പറയുന്നിടത്തല്ല സ്വേന ചേർ എന്നുവെച്ചാൽ താൻ തന്നെയെന്ന് കാണിക്കാം സ്വം എന്ന് പറഞ്ഞാൽ താൻ സ്വേന പരമാത്മന എന്ന് പറയും താൻ തന്നെയായിരിക്കുന്ന പരമാത്മാവിനാണ് എന്ന് പറയും അല്ലെങ്കിൽ പരമാത്മാവന്യമാണ് എന്നൊരു വിചാരം വരാൻ പാടില്ല അദ്വൈത സിദ്ധാന്തമനുസരിച്ച് അതുകൊണ്ട് പറയുന്നു സ്വീന പരമാത്മന യഥ എപ്രകാരമാണോ ഒരു ദൃഷ്ടാന്തം പറയുന്നു യഥ എന്ന് പറയുന്നത് നമ്മൾ യഥാശബ്ദം കൊണ്ടാണോ മനസ്സിലാക്കണം ഒരു ഉദാഹരണം പറയാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ടാണ് യഥാശബ്ദം ഉപയോഗിക്കുന്നത് ഇതുപോലെ എന്നാൽ എപ്രകാരം എന്നാൽ ചന്ദന അകർവാദേഹി ചന്ദനം അഖിലെ അകലു അകൽ ഇവയുടെ ഉദഗാദി സമ്പന്ധജം ക്ലെ ഉദാദി ഉദകം ജലം ആദി മുതലായ അവയുടെ സമ്പന്ധജം സംബന്ധം കൊണ്ടുണ്ടാകുന്ന സംബന്ധം ജം എന്നുള്ള ശബ്ദം അവസാനം ഒന്ന് ഉണ്ടാകുന്ന അർത്ഥം എടുത്തോളൂ കർമ്മജം കർമ്മം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനജം ജ്ഞാനം കൊണ്ടുണ്ടാകുന്ന പങ്കജം പങ്കത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഉണ്ടാകുന്നത് ക്ലേ ക്തിജം അതിൽ നിന്നുണ്ടാകുന്ന എന്താണ് ക്ലേദം ശരി കുതിരുക എന്ന് പറയും അതുകൊണ്ടുണ്ടാകുന്ന ക്ലേദാതിജം ഔപാധികം ഉപാധികൊണ്ടുണ്ടാകുന്ന ജസ്വത ഇല്ലാത്തതും മറ്റെന്റെങ്കിലും ബന്ധം കൊണ്ടുണ്ടാകുന്നത് അതാണ് ഔപാധികം ഉപാധികൊണ്ടുണ്ടാകുന്ന ദൗർഗന്ധ്യം ദുർഗന്ധം തസ്വരൂപ നിഘർഷണേന തവരൂപം അതിന്റെ സ്വരൂപം എന്ന് വെച്ചാൽ ചന്ദനത്തിന്റെ നിഘർഷണം ആ ഉരയ്ക്കൽ കൊണ്ട് ആച്ഛാദനം എങ്ങനെ സ്വേന പാരമാർത്ഥികേന ഗന്ധേന തന്റേതായ പാരമായ ഗന്ധം അതായത് സുഗന്ധം സുഗന്ധം കൊണ്ട് ആ ദുർഗന്ധം ആച്ഛാദനം ചെയ്യപ്പെടുന്നു അത് നമ്മൾ വിശദീകരിച്ചാണ് തദ്വത് അതുപോലെ തന്നെ തദ്വദേവ അതുപോലെ തന്നെ സ്വാത്മനി തന്നിൽ അധ്യസ്ഥം ആരോപിക്കപ്പെട്ട സ്വാഭാവികം അനാദിയായ കർത്തൃത്വഭോക്തൃത്വാദിലണം കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ രൂപത്തിലുള്ള ജഗത് അതിൽ നിന്ന് വിശദീകരിക്കുന്നു ദ്വൈതരൂപം എന്ന് വെച്ചാൽ ദ്വൈതമായി ജഗത്യാം പൃഥിവിം ഈ പൃഥിവിയിലുള്ള ദൈതങ്ങൾ എന്ന് പറഞ്ഞാൽ സർവമാണ് ജഗത്യാം ഇത് ഉപലക്ഷണാർത്ഥത്വം ജഗത്യാം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉപലക്ഷണം എന്നർത്ഥമാണ് എന്നുവെച്ചാൽ പൃഥിവി എന്നുള്ള അർത്ഥം മാത്രം വരുത്തരുത് സർവനാമരൂപങ്ങളെടുക്കണം സർവമേവ നാമരൂപകർമാഖ്യം സർവനാമരൂപകർമ്മങ്ങളും നാമരൂപകർമ്മം എന്ന് പേരുള്ള സർവ പേര് എന്ന് വിളിക്കപ്പെടുന്നവ എന്ന് പറയും രാമാഖ്യ രാമൻ എന്ന് വിളിക്കപ്പെടുന്നവൻ എന്ന് പറയും അല്ലെങ്കിൽ രാമൻ എന്ന പേരുള്ളവൻ അതുപോലെ സത്യ ആത്മഭാവനയ സത്യമായിരിക്കുന്ന ആത്മഭാവന കൊണ്ട് ആത്മബോധം കൊണ്ട് അതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് പഠത്ത് ഏവം ഈശ്വരാത്മഭാവനയായ യുക്തസ്യ പുത്രാദിയേഷണാത്രേ സന്യാസി കർമ്മസു ഏവം ഇപ്രകാരം ഈശ്വരാത്മഭാവനയുക്തരാത്മഭാവന ഈശ്വരൻ തന്നെയാണ് താൻ ഈശ്വര ആത്മഭാവന ഈശ്വരൻ തന്നെയാണ് താൻ എന്നുള്ള ഭാവനയാൽ യുക്തൻ യുക്തനായവന് ആ ഭാവനയോടുകൂടിയവന് അല്ല ആ ജ്ഞാനത്തോടു കൂടിയവന് ഭാവന ജ്ഞാനം എന്തെല്ലാം പറയുന്നുള്ളത് ചില സന്ദർഭങ്ങളിൽ അദ്വൈതത്തിൽ വ്യത്യാസമായി പ്രയോഗിക്കും ഇവിടെ അങ്ങനെ വ്യത്യാസത്തിലല്ല പ്രയോഗിച്ചിരിക്കും വ്യത്യാസത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് സാധനം നമ്മൾ പറയുന്ന ഭാവന കൽപ്പന എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കും അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അധികാരികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉത്തമാധികാരി മധ്യമാധികാരി കനിഷ്ഠാധികാരി എന്ന് പറയുന്നിടത്ത് ഉത്തമാധികാരികൾക്ക് ഉത്തമാധികാരി എന്ന് പറയുമ്പോൾ അവിടെ അത്യന്തമായ ശ്രദ്ധയും അന്ധക്കരണ ശുദ്ധിയും ഉള്ളവരെയാണ് ഉത്തമാധികാരികളെന്ന് പറയുന്നത് പരമപ്രധാനമായിട്ട് ശ്രദ്ധ അന്ധക്കരണശുദ്ധി ഇതെല്ലാം തികഞ്ഞ ഒരാളാണ് വേദാന്ത വിചാരത്തിന്റെ ആവശ്യമില്ല ആത്മവിചാരത്തിന്റെയും ആത്മഭാവനയുടെ ഒന്നും ആവശ്യമില്ല അവർക്ക് ഗുരു ഉപദേശം കൊണ്ട് തന്നെ ആത്മബോധം ഉണ്ടാകുന്ന ഉത്തമാധികാരി വിചാരത്തിന്റെ ആവശ്യമില്ല മാധ്യമാധികാരികളെ സംബന്ധിച്ചിടത്തോളം വാക്യശ്രവണം ഗുരുപദേശം ഒന്നും കൊണ്ട് ഉദ്ദേശിക്കുന്ന വാക്യശ്രവണം തത്വമസി തുടങ്ങി മഹാവാക്യം അല്ലെങ്കിൽ ഗുരു എന്ത് ഉപദേശിക്കുന്നു ആത്മബോധം ഉണ്ടാകത്തക്ക തരത്തിൽ ഗുരു എന്താണോ ഉപദേശിക്കുന്നത് ആ ശ്രവണം കൊണ്ട് മാത്രം തത്വാനുണ്ടാകത്തില്ല അവർക്ക് മനനം നിധിധ്യാസനം എല്ലാം വേണം അത് മധ്യമാധികാരി ശ്രവണം മനനം നിതിധ്യാസനം എല്ലാം വേണം പക്ഷെ അങ്ങനെ ശ്രവണ മനനം നിധിധ്യാസനം എല്ലാം ചെയ്യണമെങ്കിൽ അയാൾക്കൊരു മറ്റു ചില യോഗ്യതകളുടെ അയാൾ ഊഹാപോഹ വിചക്ഷണനായിരിക്കണം മേധാവിയായിരിക്കണം അറിയത്തില്ല മേധാവി പുരുഷോ വിദ്വാൻ എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന മധ്യമാധികാരികളെ കുറിച്ചാണ് ഊഹാപോഹ വിചക്ഷണത ഒക്കെ ഉണ്ടായിരുന്നാലേ പറ്റത്തുള്ളൂ ബുദ്ധി സാമർഥ്യം വേണം ബുദ്ധിദാർഢ്യം വേണം ബുദ്ധി സൂക്ഷ്മത വേണം ഏകാഗ്രത ഇത്തരം ഗുണവിശേഷങ്ങളിലൊരാൾക്ക് മാത്രമേ ഈ പറയുന്ന ശ്രവണ മനനനിതിഹാസനങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ശ്രദ്ധയും ശുദ്ധിയും മാത്രം പോലും ഇനി കനിഷ്ഠാധികാരികളുണ്ട് എന്നുവെച്ചാൽ അവർക്ക് ശ്രവണമനീതിഹാസനങ്ങളൊന്നും ചെയ്യാനുള്ള ശേഷി ഉണ്ടാവത്തില്ല ബുദ്ധിക്ക് അതിനുള്ള സാമർഥ്യം കുറവായിരിക്കും ഉണ്ടെങ്കിലും അത് കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ് ഭാവന എന്ന് പറയുന്നത് അദ്വൈത സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് അദ്വൈത പ്രക്രിയ അനുസരിച്ചിട്ടാണ് അവർക്ക് ഈശ്വരഭാവന കൂടുതൽ വിചാരം ചെയ്യുന്നതിന് ഇപ്പോൾ തത്വമസി മഹാവാക്യാർത്ഥ നിർണ്ണയമോ പഞ്ചകോശ വിവേകമോ അല്ലെങ്കിൽ സൃഷ്ടി പ്രളയ ക്രമങ്ങളോ ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളും ഒന്നും അവർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ബ്രഹ്മസൂത്ര വിചാരമോ ഇതൊന്നും ചെയ്യുന്നതിന് അവർക്ക് ശേഷിയുണ്ടാകത്തില്ല ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എളുപ്പമായിട്ടുള്ള എന്താണ് ഈശ്വരഭാവന ഈശാവാസം ഇതം സർവം എന്ന ഭാവനയില്ല മാനസിക ഭാവന ആ മാനസിക ഭാവനയെ നിലനിർത്താൻ ശ്രമിക്കുക കഴിയുന്നത്ര സർവവും ഈശ്വരൻ തന്നെ അതായത് അദ്വൈതത്തിന്റെ സാരം ബ്രഹ്മസത്യം ജഗന്മിഥ്യ തുടങ്ങിയ ഭാവന അത്തരം ഭാവനയെ ഉറപ്പിക്കുക നമ്മളീ അദ്വൈതത്തിന് സാധാരണ പ്രകരണ ഗ്രന്ഥങ്ങൾ വിയ ചൂടാമണി തത്ത്വബോധം ആത്മബോധം പോലെയുള്ള സാധാരണ നമ്മൾ പറയുന്ന ഈ പ്രകരണ ഗ്രന്ഥങ്ങളെല്ലാം ആത്മഭാവനയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ന് വെച്ചാൽ ആത്മഭാവനയ്ക്കും അവന്റെ ഉള്ളിൽ ഒരു ബോധം വേണം ഒരു സാമാന്യബോധം സർവീശ്വരനാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് എന്നുള്ള ഒരു ബോധം ഉള്ളിൽ വന്നാലേ ഭാവന ചെയ്യാൻ പറ്റും അവർ ഭാവന എന്ന് വരുന്ന ഒരു തരത്തിലുള്ള ഒരു സങ്കല്പമാണ് അത് വിചാരജന്യമായ ജ്ഞാനമല്ല മറിച്ച് സങ്കല്പാത്മകമായ ഒരു ജ്ഞാനമാണ് അപ്പോൾ ആ ഭാവനയെ മനസ്സിൽ നിലനിർത്തുക അതിനു വേണ്ടിയിട്ടൊരു സാമാന്യമായ ജ്ഞാനം അതിനും ശ്രദ്ധയും ബുദ്ധിയൊക്കെ ആവശ്യമാണ് ശ്രദ്ധയുള്ളവനെ അങ്ങനെ ഒരു ഭാവന നിലനിർത്താൻ പറ്റും അപ്പോൾ അയാൾ വിചാരം ചെയ്ത് സ്വയം നിശ്ചയിച്ച കാര്യമേണ്ട ഗുരു ഉപദേശിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നുണ്ടോ തന്റെ കേവലമായ ശ്രദ്ധയെ അവലംബിച്ചുകൊണ്ട് വിശ്വാസത്തെ അവലംബിച്ചുകൊണ്ട് അങ്ങനെയൊരു ഭാവനയിൽ അയാൾ ഉറക്കും അസ്വയം മാധ്യമാധികാരിയെ സംബന്ധിച്ച് അങ്ങനെയല്ല അയാൾ സ്വയം വിചാരം ചെയ്ത് നിർണ്ണയിച്ചുറപ്പിക്കുകയാണ് ശാസ്ത്രം പറഞ്ഞതുകൊണ്ടോ ഗുരു പറഞ്ഞതുകൊണ്ടോ അംഗീകരിക്കുന്നില്ല അതിനെ സ്വീകരിക്കുന്നു പക്ഷെ അതുകൊണ്ട് മാത്രം അതിനെ സ്വീകരിക്കുന്നില്ല തനിക്കൂടി ബോധ്യപ്പെടും അപ്പം അതിനുവേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു അയാൾ ഗുരുവിനെയും ശാസ്ത്രത്തെയൊക്കെ അവലംബിച്ചുകൊണ്ട് വിചാരം ചെയ്യുന്നു എന്നിട്ട് നിർണയിക്കുന്നു ഊഹാപോഹ രീതിയിൽ നിർണ്ണയിക്കുന്നു അവിടെ ശ്രദ്ധയ്ക്ക് പ്രാധാന്യമുണ്ടെങ്കിലും അതുപോലെ തന്നെ യുക്തിക്കും ബുദ്ധിക്കുമൊക്കെ അവിടെ പ്രാധാന്യമുണ്ട് അപ്പൊ കനിഷ്ഠാധികാരിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാമർഥ്യം കുറവാണ് അപ്പോ അയാൾ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്ന എന്താണ് ശ്രദ്ധയാണ് എന്നാൽ ഉത്തമ അധികാരിക്ക് വേണ്ടുന്ന ശ്രദ്ധയില്ലതാ അയാളുടെ അന്ധകരണം മന്ദമായാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഭാവനയെ ഉറപ്പിക്കുന്നതിന് വേണ്ട ശ്രദ്ധയുണ്ട് അയാൾ ഈ പ്രകടനങ്ങളിൽ നിന്നെല്ലാം അല്ലെങ്കിൽ സത്സംഗത്തിൽ നിന്ന് ഗുരുപദേശത്തിൽ നിന്നെല്ലാം ആത്മതത്വത്തിന്റെ സർവവ്യാപകത്വം നിത്യത്വം ശുദ്ധത്വം ബുദ്ധത്വം ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നത് പരമാത്മാവാണ് ആ പരമാത്മാവ് തന്നെയാണ് എന്റെ ഉള്ളിലും വസിക്കുന്നത് എന്നിങ്ങനെ സാമാന്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഭാവന രീതി ഉറപ്പിക്കാൻ ശ്രമിക്കും ആത്മഭാവന എന്ന് പറയും അത് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് കനിഷ്ഠാധികാരികളാണ് ഈ അധികാരികൾ എല്ലാവരും ശ്രേഷ്ഠന്മാരാണ് ആ ശ്രേഷ്ഠന്മാരിൽ തന്നെ അവരുടെ ബുദ്ധിയുടെയും ശ്രദ്ധയുടെയും ഒക്കെ നിലവാരം അനുസരിച്ച് വേർതിരിച്ചു കഴിഞ്ഞാൽ അതിൽ കനിഷ്ഠമായിരിക്കും സാധാരണ ജീവന്മാരെ അനുസരിച്ച് ഇവരെല്ലാം വളരെ ഉയർന്നവരാണ് അങ്ങനെയുള്ള കനിഷ്ഠാധികാരിക്ക് വേണ്ടി പറയുന്ന ഭാവന അപ്പൊ ഭാവനാ ശബ്ദത്തിന്റെ അർത്ഥം ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കുമെന്ന് പറയാൻ വേണ്ടി അത് ഇവിടെ ഇപ്പോ ഏവം ഈശ്വരാത്മഭാവനയാ എന്ന് പറഞ്ഞാൽ ആ ഭാവന എന്നുള്ള അർത്ഥത്തിലല്ല ഈശ്വരാത്മജ്ഞാനം എന്നുള്ള അർത്ഥത്തിലാണ് താൻ തന്നെയാണ് ആ പരമാത്മാവ് എന്നുള്ള ജ്ഞാനം അങ്ങനെ അല്ലാതെ ഈ ഭാവനാ ശബ്ദം ഉപയോഗിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് വിശദീകരിച്ചാണ് യുക്തസ്യ അങ്ങനെ ഭാവനയോടുകൂടിയ വേണം ഈശ്വരാത്മബോധത്തോടു കൂടിയ വേണം ആ ഭാവന എന്ന് പറയുമ്പോൾ അതിലിത് ഏത് ഉൾപ്പെടാം ഞാൻ പറഞ്ഞ കനിഷ്ഠാധികാരികൾക്ക് വേണ്ടി വിധിച്ചിട്ടുള്ള ഭാവന കൂടുതൽ ചിന്തിക്കാനൊന്നും പോകാതെ സർവഭൂമിശ്വരൻ തന്നെ എന്നുള്ള ഭാവന ആ ഭാവനയാകാം അല്ലെങ്കിൽ വിചാരം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം അതാകാം അങ്ങനെയുള്ള ഭാവനയോടുകൂടിയവന് പുത്രാദി യേഷ്ണാത്രേ സന്യാസേ ജീവ അധികാരു കർമ്മസു പുത്രാദി ഏഷണാത്രേ സന്യാസേവാധികാരം പുത്രാധിയേഷണാത്രയം അതിന്റെ സന്യാസം ഏഷണാത്രേ സന്യാസമാണ് പുത്രേഷണ ലോകേഷണ വിത്തേഷണ ചിലടത്ത് ദാരേഷണ പറയും അതാണ് ഏഷണാത്രയ പുത്രേഷണ വിത്തേഷണ ലോകേഷന ഏഷണന്ന് വെച്ചാൽ ഇച്ഛ പുത്രേണ്ടിയിട്ടുള്ള ആഗ്രഹം ലോകം അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹം ലോകം എന്ന് പറഞ്ഞാൽ കർമ്മഫലം കർമ്മഫലം സ്വർഗ്ഗ കർമ്മഫലം അതിനു ആഗ്രഹം വിത്തം ധനത്തിന് ആഗ്രഹം അങ്ങനെയുള്ള ആഗ്രഹം അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശനാത്രയം മൂന്ന് മൂന്നാഗ്രഹങ്ങളുടെ സന്യാസം അതിന്റെ ത്യാഗം സന്യാസം ത്യാഗം അതിൽ തന്നെയാണ് അധികാരം ഈശ്വരാത്മ ബോധമുള്ളവന് ഭക്ഷണാത്രയ സന്യാസത്തിലാണ് അധികാരം കർമ്മങ്ങളിലല്ല എന്നാണ് ശങ്കരദ്വൈതം ശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ രണ്ട് തലങ്ങളിലാണ് അതിന്റെ ചർച്ചകൾ മുഴുവൻ ഈ രണ്ടെണ്ണത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒന്ന് സന്യാസം മറ്റൊന്ന് കർമ്മം കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശങ്കരാചാര്യരു ഗാഹസ്ഥ്യം അതാണ് കർമ്മം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം എന്ന് തന്നെ വ്യാഖ്യാനിച്ചാലും ഒരു തെറ്റുമില്ല ശങ്കരഭാഷ്യത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയെല്ലാം കർമ്മം വരുന്നുണ്ടോ കർമ്മം എന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടോ അവിടെ ഉദ്ദേശിക്കുന്നത് ഗൃഹസ്ഥാശ്രമത്തെയാണ് നേരത്തെ പറഞ്ഞല്ലോ കർമ്മം എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വൈദിക കർമ്മങ്ങൾ അല്ലെങ്കിൽ ശ്രൗത സ്മാർത്ഥകർമ്മങ്ങൾ അത് തന്നെ ഗൃഹസ്ഥാശ്രമം കാരണം ഈ അദ്വൈത ദർശനം തന്നെ പ്രധാനമായും അത് ആശ്രയിച്ച് നിൽക്കുന്നത് ചാതുർവർണ്ണിത്തെയും ചതുരാശ്രമങ്ങളെയുമാണ് ഇതിനെ ആശ്രയിച്ചിട്ടാണ് ഇതിനെ അംഗീകരിച്ചുകൊണ്ടും ഇതിനെ അവലംബമാക്കിയാണ് ശങ്കരാചാര്യരുടെ ചിന്ത മുഴുവൻ പോവും ഈ ഭാഷ്യങ്ങളിൽ ഉടനീളം നമ്മൾ ഭാഷയെ ശ്രദ്ധിച്ചുപഠിച്ചാൽ മനസ്സിലാവും ചാതുർവർണ്ണിത്തെയും ചതുരാശ്രമങ്ങളും വർണ്ണാശ്രമങ്ങൾ വർണ്ണത്തെയും ആശ്രമത്തെയും അതിൽ തന്നെ പ്രധാനമായും ഈ രണ്ടാശ്രമങ്ങളെട്ടാണ് ത്യാഗം സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ അത് സന്യാസാശ്രമത്തിലേക്ക് പോകും കർമ്മം എന്ന് കഴിഞ്ഞാൽ ഉടൻ ഗൃഹസ്ഥാശ്രമത്തിലേക്കും വരും അപ്പൊ കർമ്മം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ശങ്കരാചാര്യ ഉദ്ദേശിക്കുന്നത് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുക എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ സന്യാസം സ്വീകരിച്ചിട്ട് ലോക സേവനം ചെയ്യുക എന്നുള്ളതെന്ന് കാലം കൊണ്ട് സന്യാസത്തിന് വന്ന മാറ്റങ്ങളാണ് അപജയം ഞാൻ പറയുന്നില്ല മാറ്റങ്ങൾ നമ്മുടെ സന്യാസത്തെക്കുറിച്ചുള്ള പൌരാണികമായ സങ്കല്പത്തിൽ സന്യാസത്തിൽ ലോകസേവനവും ഒന്നുമില്ല അത് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത് അതിന് വിശദീകരിക്കുകയാണ് സന്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഗൃഹസ്ഥാശ്രമം അതിന് നേരെ വിപരീതമായിട്ടുള്ളത് ആണ് സന്യാസം അതുകൊണ്ടാണ് ശങ്കരാചാര്യ പറയുന്നത് ജ്ഞാനവും കർമ്മവും കൂടെ ചേർക്കാൻ ഒക്കത്തില്ല ജ്ഞാനവും കർമ്മവും ചേർക്കുക എന്ന് പറഞ്ഞാൽ സന്യാസവും ഗൃഹസ്ഥാശനവും കൂടെ ഒരുമിപ്പിക്കുക എന്ന സമുച്ചയം എന്ന് പറയുന്നതിന് നിഷേധിക്കുന്ന എങ്ങനെയാണ് സമുച്ഛയം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമവും സന്യാസവും കൂടെ ഒരുമിപ്പിക്കുക ഒരു വ്യക്തിയിൽ ഒരേ സമയം നടക്കുക എന്നാണ് ചിന്തിക്കുന്നത് ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഗൃഹസ്ഥാശ്രമവും സന്യാസവും കൂടെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറ്റത്തില്ലെന്നാണ് ശങ്കരാചാര്യർ പറയുന്നത് ഗൃഹസ്ഥന്റെ ധർമ്മം മേരെ സന്യാസിയുടെ ധർമ്മം മേരെ രണ്ടു ഒരുമിപ്പിച്ചു കൊണ്ടുപോവാക്കത്തില്ല ഒന്നിൽ ഗ്രഹസ്ഥനല്ലെങ്കിൽ സന്യാസി ഗ്രഹസ്ഥന് വിധിച്ചിട്ടുള്ള ധർമ്മങ്ങളെല്ലാം ഗ്രഹസ്ഥ ധർമ്മത്തിന് അനുഷ്ഠിച്ചേ പറ്റൂ അതിനെല്ലാം നിഷേധിക്കുകയാണ് സന്യാസാശ്രമത്തിൽ ചെയ്യുന്നത് അവൻ പിന്നെ രണ്ടും കൂടെ ഒരുമിച്ചു കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് അനുഷ്ഠിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പം ആ സമുച്ചയം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും ആ വിശ് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇരുന്നോന്നു കർമ്മം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം ജ്ഞാനം എന്ന് പറഞ്ഞാൽ ത്യാഗം സന്യാസം അതാണ് അതുകൊണ്ടാണ് അതൊരിക്കലും ഒരുമിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അസമയം ക്രമസമുച്ചയം അത് അംഗീകരിക്കുന്നുണ്ട് ക്രമമായിട്ടാകാം അതായത് ഗൃഹസ്ഥാശ്രമം വിട്ടിട്ട് സന്യാസത്തിലേക്ക് പോകാം എന്നുവച്ചാൽ കർമ്മം വിട്ടിട്ട് ജ്ഞാനത്തിലേക്ക് പോവാം സന്യാസത്തിലേക്ക് പോകണമെങ്കിൽ കർമ്മം വിട്ടേ പറ്റും എന്തുകൊണ്ട് സന്യാസത്തിന് അത്രയും കർശനമായ നിയമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ശ്രുതി തന്നെ വിവർണമ വാസ മുണ്ടു അപരിഗ്രഹം ഭൗതികമായിട്ടുള്ള എല്ലാ അർഭാണങ്ങളും ഉപേക്ഷിക്കാനാണ് വിവർണവാസ എന്ന് പറഞ്ഞിരിക്കുന്നത് വസ്ത്രത്തെ വിവരണമാക്കണം സന്യാസി വസ്ത്രം എന്ന് വെച്ചു കഴിഞ്ഞാൽ സാധാരണ വസ്ത്രം എന്ന് പറയുന്നത് ശരീരം മറയ്ക്കാൻ വേണ്ടി മാത്രമല്ല അലങ്കാരത്തിനൂടെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ യാതൊരുതരത്തിലുള്ള അലങ്കാരങ്ങളും പാടില്ല വിവരണമാക്കണം ആ വിവർണവാസൻ എന്നുള്ളതാണ് പിന്നെ കാവ്യ വസ്ത്രമായി മാറിയത് കായി്യ വസ്ത്രം എന്ന് വെച്ചുകഴിഞ്ഞാൽ വസ്ത്രത്തിന് മണ്ണിലിട്ട് മലിനമാക്കുക അപ്പോൾ അത് കാവ്യായാലും അപ്പോൾ ആ വസ്ത്രത്തിന്റെ ഭംഗി നശിപ്പിക്കുക അതാണ് കാവ്യോണ്ട് ഉദ്ദേശിച്ചത് വിവരണമാക്കുക വരണമെന്ന് വെച്ചാൽ നല്ല നിറം മനോഹരമായ നിറം അതിനെ വിവരണമാക്കുക എന്ന് വെച്ചാൽ വികൃതമാക്കുക അതാണ് വസ്ത്രത്തിൽ മണ്ണ് കാവ്യമുക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ സാധാരണ പഴയകാലത്തും നല്ല നിറങ്ങളൊക്കെയാണ് മുക്കുന്നത് നമ്മളിപ്പോൾ കാവ്യ്ക്ക് ഉപകരണം ചുവന്ന പെയിന്റ് ഒക്കെ അടിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ നല്ല വസ്ത്രങ്ങൾ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പൊ അത് പാടില്ല എന്നാണ് ഇതതിന്റെ യഥാർത്ഥമാണ് പറഞ്ഞ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും എന്നാലും പറയാതിരിക്കാന്ന് ഇവിടെ തീർച്ചയായും അപ്പൊ നമ്മൾ വസ്ത്രത്തെയും ആകർഷകമാക്കും അത് അതും ശരിയോ തെറ്റോന്നുള്ള കാലത്തിന്റെ മാറ്റമായിരിക്കും ഇന്നത്തെ കാലത്ത് അതൊക്കെ ആവശ്യമായിരിക്കും മോഡേൺ സന്യാസത്തിന്റെ ഇത്തരമൊക്കെ വേണ്ടി വരുമായിരിക്കും പക്ഷേ അവിടെ ഉദ്ദേശിച്ചിരുന്ന ഇതാണ് വിവരണവാസ വസ്ത്രത്തെ വികൃതമാക്കുക എന്നുള്ളതാണ് എന്നുവെച്ചാൽ അതുകൊണ്ട് ഒരു മനുഷ്യനാകർഷിക്കപ്പെടരുത് എന്നാണ് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലൂടെ ഒരു വ്യക്തി ആകർഷിക്കപ്പെടരുത് ഒരു കാരണമെച്ചാൽ ഒരു തരത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ആകർഷിക്കാൻ വഴിയുന്നുണ്ട് അത് നമ്മൾ ഇതിലൂടെ ആകർഷിക്കുന്നു സന്യാസിക്ക് പാന്റ് ഷർട്ട് വിട്ടിട്ട് ആകർഷിപ്പിക്കാൻ പറ്റും പറ്റത്തില്ല അപ്പോൾ അതാണ് അത് ഉദ്ദേശിച്ചത് മുണ്ടഹ എന്ന് പറയുന്നു തന്നെ മുണ്ടനം ചെയ്യണമെന്ന് പറയുന്നു എന്തുകൊണ്ടത് പറഞ്ഞു കർമ്മത്തിന്റെ അടയാളങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കർമ്മ അടയാളമാണ് ശിഖ യജ്ഞോപ ഇതെല്ലാം അന്ന് അടയാളങ്ങളായി കണക്കാക്കിയിരുന്നതാണ് ആ അടയാളങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുണ്ടഹ എന്ന് പറഞ്ഞത് അല്ല ഞാൻ സന്യാസിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ ഈ സാധനങ്ങളെല്ലാം വേണം തലയിൽ ശിഖയുണ്ടായിരിക്കുന്ന യജ്ഞവും വീതവും വേണം അപ്പം ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ ഇവൻ കർമാധികാരിയല്ലെന്നാണ് നമ്മളിപ്പോൾ സന്യാസത്തിന്റെ ഒരു ചടങ്ങാക്കി മാറ്റിയിരിക്കുകയാണ് മുണ്ടനം ചെയ്യുക എന്ന് പറയുന്നത് സന്യാസം എന്ന് പറഞ്ഞാൽ ഇതുകൂടെ വേണം എന്നുള്ളൊരു ധാരണയിൽ പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിച്ചതാണ് കർമ്മ അടയാളങ്ങൾ ഉപേക്ഷിക്കുന്നത് അപരിഗ്രഹ അടുത്ത് പറഞ്ഞത് സന്യാസി സമ്പത്തൊന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല ഒരു തരത്തിലുള്ള സമ്പത്തും പാടില്ല അപരിഗ്രഹം പരിഗ്രഹമേ പാടില്ല അത് നമ്മുടെ സ്മൃതികളിലെല്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നുവെച്ചാൽ ലോഹമേ കൈകൊണ്ട് തുടരാൻ പാടില്ലെന്നാണ് ലോഹം തുടുക എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ഇതുണ്ടായിരുന്നു നാണയങ്ങളും മറ്റും ഉണ്ടായിരുന്നു അപ്പൊ അതിലൊന്നും കൈകൊണ്ട് പാടില്ല അപ്പൊ അതുകൊണ്ടാണ് അത് നാണയം തൊടണ്ട ലോഹമേ തൊടണ്ടെന്ന് വെച്ചു അപ്പോ അതിൽ കൈകൊണ്ടേ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അപരിഗ്രഹം സ്വന്തമായിട്ടൊന്നും വയ്ക്കാൻ പാടില്ല സ്ഥിരമായി ഇവരുടെ അടുത്ത് കൂടി പാടില്ല അങ്ങനെ പൂർണ്ണമായ ത്യാഗം അതാണ് അപ്പോൾ വിത്തത്തിന്റെ കാര്യം പറയാനില്ല സമ്പത്ത് എങ്ങനെ കയ്യിൽ വരും സമ്പത്ത് കയ്യിൽ വരാൻ പറ്റില്ല സൂക്ഷിക്കാനും പാടില്ല ആഹാരം ഭിക്ഷാടനം കൊണ്ട് കഴിച്ചോളൂ ആഹാരം സ്വയം പാകം ചെയ്യാനും പാടില്ല ഇതാണ് പഴയ സന്യാസ ആദർശം അങ്ങനെയുള്ള സന്യാസത്തിൽ പരിപൂർണമായ ത്യാഗമാണ് ശരീരം നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രം മാത്രമേ ഉപയോഗിക്കാവൂ വേറെ വസ്ത്രമൊന്നും പാടില്ല അത് സഞ്ചരിച്ച് വെക്കാൻ പാടില്ല ഭിക്ഷ വാങ്ങാനുള്ള ഒരു പാത്രം കൂടിയാൽ അത് മാത്രമേ കയ്യിൽ വേറെ ഒന്നും വെക്കാൻ പാടില്ല പരിഗ്രഹം എന്ന് പറയുന്നത് രണ്ടു മാത്രമേ ഉള്ളൂ കൌപീന അച്ഛാന അധികം ഇന്നിവിടെ ഭാഷകാരം പറയാ അച്ഛാദന അധികം വസ്ത്രം മാത്രം ധരിക്കുക ഒരു വിക്ഷാപാത്രം ഇത്രയുള്ളൂ സന്യാസിക്ക് സമ്പത്തായി കൈവശം വയ്ക്കാൻ അവകാശം കൊടുത്തിട്ടുള്ളത് അതായത് സാധാരണ ആൾക്കാർ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ തുണി കഷ്ണം എന്തെങ്കിലും എവിടെയെങ്കിലും പോയി ഈർഭമൊക്കെ ഉള്ളിടത്ത് പോയി ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ തുണി കഷ്ണമോ അല്ലെങ്കിൽ ഒരു മൺപോലോ അല്ലെങ്കിൽ ഒരു ദർഭ കൊണ്ടുള്ള ഒരു പായോ അങ്ങനെ എന്തെങ്കിലും സൂക്ഷിക്കാറുണ്ടോ പഴയകാലത്ത് സന്യാസിയെ സംബന്ധിച്ച് അതും സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെ ഒരു ഇരിപ്പടം പോലും പാറപ്പുറത്തിരുന്നു വേണം അല്ലെങ്കിൽ വെറും തറയില്ലിരുന്നു വേണം എന്നാണ് അങ്ങനെയുള്ള പരിപൂർണമായ ത്യാഗമാണ് ശങ്കരാചാര്യരുടെ കാലത്തുള്ള സന്യാസത്തിനല്ലെങ്കിൽ ശങ്കരാചാര്യർ വായിച്ചിട്ടുള്ള സ്മൃതികളിലും മറ്റു സന്യാസത്തെക്കുറിച്ച് പറയുന്നത് ഗൃഹസ്ഥാശ്രമിയാണെങ്കിലോ അയാൾക്കെല്ലാം വേണം സമ്പത്ത് വേണം ഭൂമി വേണം ധനം വേണം മറ്റുള്ള വേണം അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണ് ഒരുമിപ്പിക്കുന്നത് ഈ രണ്ട് വൃത്തികൾ ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കർശനമായി പറയുന്നത് ജ്ഞാനം വേറെ കർമ്മം വേറെ ഗൃഹസ്ഥാശ്രമി കർമ്മത്തിന് അധികാരിയായിട്ടുള്ളവൻ സന്യാസി ജ്ഞാനത്തിന് മാത്രം അധികാരിയായിട്ടുള്ളവരുന്ന അതുകൊണ്ടാണ് രണ്ട് യോജിപ്പിക്കരുത് എന്ന് പറയുന്നു അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും അപ്പോൾ ഇന്നത്തെ സന്യാസം കാലം വരുത്തിയ മാറ്റം കാലം സന്യാസത്തിന് ഒരുപാട് പരിണാമങ്ങൾ വരുത്തി ഇന്നും പഴയതുപോലെ ആർക്കെങ്കിലും സന്യാസം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കാൻ പ്രയാസമാണ് ഞാൻ എന്തായാലും ശ്രമിച്ചു നോക്കിയിട്ടില്ല ഒന്ന് ശ്രമിച്ചു നോക്കുക പ്രയാസമാണ് കാരണം കാലം മാറിപ്പോയി പക്ഷെ പണ്ടെങ്ങനെ ഒന്നുണ്ടായിരുന്നു പറയുന്നു യേശനാത്രയ സന്യാസേമാധികാരം യേശനാത്രേം ഗൃഹസ്ഥൻ കർമ്മം എന്ന് പറയുമ്പോൾ അതിന് ധനം വേണം അപ്പൊ ഗൃഹസ്ഥൻ ധനത്തെ ആഗ്രഹിക്കും ധനമുണ്ടാക്കാനുള്ള പഴികളൊക്കെ അളിച്ചുണ്ടെങ്കിൽ അപ്പൊ അവിടെ വിത്തേഷണമെന്ന് ഗാർഹസ്ഥ്യം എന്ന് പറയുമ്പോൾ ഭാര്യ സമയത്തിനായിരുന്നു വേണം കർമ്മങ്ങൾ ചെയ്യാൻ ഭാര്യ എന്ന് പറയുന്നത് ധർമ്മപത്നിയാണ് ധർമ്മത്തിന്റെ ഭാഗഭാഗായവളാണ് അപ്പോ പുരുഷൻ കർമ്മം ചെയ്യുമ്പോ അവിടെ പല കർമ്മങ്ങൾക്കും ഭാര്യ കൂടി വേണമെന്നുണ്ട് അപ്പം ഭാര്യ കൂടാതെ കർമ്മം ചെയ്യാനൊക്കത്തില്ല അപ്പൊ ധാരാപരിഗ്രഹം അത് ഗൃഹസ്ഥാശനക്ക് ഒഴിവാക്കാൻ വയ്യാത്ത കാര്യമാണ് മിത്തപരിഗ്രഹം പിന്നെ അങ്ങനെ കർമ്മം ചെയ്യുന്നു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ താൻ പൂർത്തിയാക്കാതെ വരുന്ന കർമ്മങ്ങൾ കാണും കർമ്മം തുടങ്ങിക്കഴിഞ്ഞാൽ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കൊള്ളണമെന്നില്ല അത് ശേഷം അത് മാത്രമല്ല തനിക്ക് ശേഷം തനിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ പിന്നും അവശേഷിക്കും പിതൃ കർമ്മങ്ങൾ ഇതെല്ലാം ചെയ്യാൻ ആള് വേണം അതിനു വേണ്ടിയിട്ടാണ് പുത്രൻ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്നത് പുത്രി വേണമെന്ന് സാധാരണ പറയാറില്ല പുത്രൻ തന്നെ വേണമെന്ന് പറയാറില്ല കാരണം എന്തുകൊണ്ട് പിതൃ കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് പറ്റിയവരാണ് ആണ് പുത്രന പുത്രൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ട് ഇത് മൂന്ന് കാരണം മരണശേഷവും തനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പുത്രൻ പിന്നെ താൻ പൂർത്തിയാക്കാത്ത കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പുത്രൻ എന്ന് പറയുന്നു തന്റെ ജീവന്റെ സദ്ഗതി അതിന് അത് പുത്രന്റെ കർമ്മത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതാണ് പരലോകങ്ങളിൽ സദ്ഗതി ഉണ്ടാവണമെങ്കിൽ തന്റെ പുത്രൻ കർമ്മം ചെയ്തു എന്നൊക്കെയായിരുന്നു പഴയ വിശ്വാസം സങ്കല്പം അതുകൊണ്ടാണ് പുത്ര ഏഷണ പുത്രൻ എന്നുള്ളതിനു പ്രാധാന്യം വന്നത് അപ്പോ വിത്തേഷണ പുത്രേഷണ പിന്നെ ലോകേഷണ ജീവിച്ചിരുന്നപ്പോ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകം കിട്ടിക്കഴിഞ്ഞു മനുഷ്യലോകം ഇനി മരണശേഷം മറ്റ് ലോകങ്ങൾ കിട്ടണം സ്വർഗലോകം പോലെയുള്ള ലോകങ്ങൾ അപ്പോൾ ആ ലോകത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ലോകേഷണ ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ഗൃഹസ്ഥ ധർമ്മം അപ്പോൾ ഗൃഹസ്ഥാശ്രമിക്ക് ഇത് മൂന്നും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് ഇത് മൂന്നുമാണ് പുത്രേഷണ വിത്തേഷണ ലോകേഷണ അല്ലെങ്കിൽ ധാരേഷണ ഇത് മൂന്നുമാണ് പ്രേരിപ്പിക്കുന്നത് ഇത് മൂന്നും പ്രേരിപ്പിച്ചാലേ ഒരാൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കത്തുള്ളൂ ഈ മൂന്നു തരത്തിലുള്ള ആഗ്രഹങ്ങളില്ലെങ്കിൽ അയാൾക്ക് നേരെ ബ്രഹ്മചര്യത്തിൽ നിന്നും സന്യാസത്തിലേക്ക് പോകാം അല്ല ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കാതെ തന്നെ ഒരാൾക്ക് ഈ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തനാകാൻ കഴിഞ്ഞാൽ അയാൾ സന്യാസത്തിലേക്ക് പോകുന്നു അപ്പൊ ഈ ഏഷണകളുള്ള ഒരാൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് ഒരിക്കലും തത്വജ്ഞാനത്തിൽ പോകാൻ കഴിയത്തില്ല എന്നാണ് ശങ്കരാചാര്യരുടെ അഭിപ്രായം അതുകൊണ്ടാണ് സമുച്ചയം പറ്റത്തില്ലെന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് ഈ ഏഷനകളെല്ലാം കാരണം ഗൃഹസ്ഥാശ്രമത്തിൽ ഒരാൾ തുടരണമെങ്കിൽ അയാൾ ഗൃഹസ്ഥ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഗൃഹസ്ഥ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കേണ്ടി വരും കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ അയാളിൽ ലേശനാഗ്രഹം ഉണ്ടായിരിക്കും അങ്ങനെ ആഗ്രഹത്തോടുകൂടി ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്ന ഒരാളിന് എങ്ങനെ ആത്മവിചാരം ചെയ്യാൻ പറ്റും അതായത് കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ താൻ കർത്താവാണെന്നുള്ള വിചാരം വേണം ഞാൻ കർമ്മം ചെയ്യുന്നവനാണ് കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നവനാണെന്നുള്ള വിചാരം വേണം അങ്ങനെ താൻ കർമ്മം ചെയ്യുന്നവനാണ് കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നവനാണ് എന്നുള്ള വിചാരത്തോടുകൂടി ഗൃഹസ്ഥാശ്രമധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന് താൻ അകർത്താവാണ് അഭക്താവാണ് ആത്മാവാണെന്നെങ്ങനെ വിചാരം ചെയ്യാൻ പറ്റും അങ്ങനെ അയാൾ വിചാരം ചെയ്യാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം അയാൾടെ യേഷണുകളെല്ലാം നശിച്ചു അയാൾ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിച്ചു കൊണ്ടാണ് അപ്പോൾ അയാൾ ഗൃഹസ്ഥാശ്രമമില്ല അയാൾ സന്യാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അപ്പോൾ അയാൾ ഗൃഹസ്ഥധർമ്മവും ഇല്ല അതുകൊണ്ട് ഗൃഹസ്ഥ ധർമ്മവും സന്യാസധർമ്മവും ഒരിക്കലും ഒരുമിക്കത്തില്ല അതുകൊണ്ട് ജ്ഞാനവും കർമ്മവും ഒരേ വ്യക്തിക്ക് ഒരേ സമയം അനുഷ്ഠിക്കാൻ സാധ്യമല്ല ഇതാണ് ശങ്കരാചാര്യർ അവരുടെ സിദ്ധാന്തത്തിന്റെ വളരെ മുഖ്യമായിട്ടുള്ളൊരു ഭാഗം അതാണ് ഇവിടെയും പറയുന്നത് എന്താണ് പുത്രാദി ഷണാത്രേ സന്യാസെ ഏവ അധികാരവും പരമാത്മ ഭാവനയുള്ള ഒരാളോത്രയ സന്യാസത്തിൽ ഏവ എന്നാണ് പറയുന്നത് സന്യാസത്തിൽ തന്നെയാണ് അയാൾക്ക് അധികാരം കർമ്മങ്ങളിലല്ല എന്നുവെച്ചാൽ ഗൃഹസ്ഥാശ്രമത്തിലല്ല എന്നർത്ഥം ഗൃഹസ്ഥാശ്രമം തീരുന്നുകൊണ്ട് സന്യാസിയാകാൻ പറ്റത്തില്ല എന്നർത്ഥം ശങ്കരാചാര്യത് പറയുന്ന സന്യാസി അത് സാധ്യമല്ല സന്യാസിക്ക് ഭാവനയാണ് വേണ്ടത് താൻ പരമാത്മാവ് തന്നെയാണ് തന്നിൽ കർത്തൃത്വ ഭോക്തൃത്വങ്ങളൊന്നും ഇല്ല ഈ ഭാവനയാണ് വേണ്ടത് ഈ ഭാവനയുള്ള ഒരാളിന് എങ്ങനെ പുത്രനെയും ഭാര്യയെയും വിത്തെയും ലോകങ്ങളെയൊക്കെ ആഗ്രഹിക്കാൻ പറ്റും ആഗ്രഹിക്കാൻ പറ്റത്തില്ല ഇതെല്ലാം ആഗ്രഹിച്ചു ഇതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാലേ ഗൃഹസ്ഥനാകാൻ പറ്റൂ ഗ്രഹസ്ഥ ധർമ്മമാകത്തുള്ളൂ അപ്പോൾ പിന്നെ രണ്ടും ഒരിക്കലും യോജിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് അതുകൊണ്ടൂടെ പറയുന്നു കർമ്മത്തിന് അയാൾക്ക് അധികാരമില്ല അത് പിന്നെ ഗ്രഹ ഗാർഹസ്യം എന്ന് പറയുന്ന ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല എന്നറിയാം അടുത്ത് പറയുന്നത് തേന തെത്തേന എന്ന് പറയുന്നതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ് ത്യാഗേന ഇത്യർത്ഥന എന്ന് പറയുന്നുണ്ടല്ലോ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് തെക്തേന എന്ന് പറഞ്ഞാൽ ത്യാഗേന ഇത്യർത്ഥ ത്യാഗത്താൽ തെക്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ത്യജിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥം വരും തെക്തശബ്ദത്തിൻ്റെ അർത്ഥം തെക്ത പുത്രഹ എന്നുവച്ചാൽ ത്യജിക്കപ്പെട്ട പുത്രൻ ഉപേക്ഷിച്ച പുത്രൻ തെക്തഹ ഭൃത്യഹ ഉപേക്ഷിച്ച ഭൃത്യൻ എന്നാണ് അവിടെ ഉപേക്ഷിച്ചത് എന്നുള്ള അർത്ഥം എടുക്കരുത് എന്നാണ് ഭാഷകാരം പറയുന്നത് തെക്തേന എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ത്യാഗേന എന്നുള്ള അർത്ഥം എന്നുള്ള അർത്ഥം കൊടുക്കണം അതാണ് പറയുന്നത് നഹി തൃക്ത മൃത പുത്രോ വൃത്യോ വത്മസംബന്ധിത അത ത്യാഗേണി അയമേവേദാർത്ഥ ഭുഞ്ജീ ആചാര്യസ്വാമികൾ ഭാഷ്യം രചിക്കുമ്പോൾ എന്താണ് തന്റെ മനസ്സിലൊരാശയം ഇരിക്കണം അദ്വൈതമെന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉപൻഷത്തിന്റെ ഏത് ഭാഗം കണ്ടാലും ആ ആശയത്തിന് അതിലൂടെ വരുത്താൻ ശ്രമിക്കും തരത്തിലുള്ള ഒരു പക്ഷപാതങ്ങളും നമുക്ക് തോന്നാം പക്ഷെ ഒരാശയത്തിന് ഒരാൾ പറയാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ആളിനങ്ങനെയും ചെയ്യാൻ പറ്റും ഒരുപക്ഷെ ആ ആശയത്തോട് യോഗ്യം പറ്റാത്ത വല്ല ഭാവവും കണ്ടാലും അതിനനുസരിച്ച് വ്യാഖ്യാനിക്കും അതുകൊണ്ട് ഈ ഭാവവും അദ്വൈതത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കണം ശങ്കരഭാഷ്യം ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മൾ പഠിക്കുന്നത് അദ്വൈതത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളതാണ് നമ്മളുടെ പഠനം കൊണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് ഭാഷ്യം ശരിയോ തെറ്റോ എന്ന് നമുക്ക് വിശദനം ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മളിപ്പോൾ പഠിക്കുന്നത് ഭാഷയാണ് ആ ഭാഷയത്തിൽ ഏതാണ് ശരി അദ്വൈതത്തിൽ ഏതായാലും ശരി അത് നമുക്കിപ്പോൾ നോക്കാൻ പറ്റും അപ്പൊ ഇവിടെ ഇപ്പം എന്താണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് തെക്തേന എന്നുള്ളതിന് ത്യാഗേന എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു തെക്തം ത്യജിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥമല്ല ത്യാഗത്താ എന്തുകൊണ്ടങ്ങനെ വ്യാഖ്യാനിച്ചു അതിന് സമാനം പറയാണ് തെക്ത അമൃത പുത്രവോവ ഭൃത്യോവ ഒരാളെ ത്യജിച്ചു കഴിഞ്ഞാൽ ത്യജിക്കാന്ന് വെച്ചാൽ അയാൾ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അയാൾ മരിച്ചു എന്നിരിക്കും നഷ്ടപ്പെട്ടുപോയി എന്നുള്ള അടക്കം പറയാം അങ്ങനെ ഒരു ഒരുവിനെ സംബന്ധിച്ചിടത്തോളം അയാളെ പുത്രനോ അല്ലെങ്കിൽ അയാളെ ഭൃത്യനോ തനിക്ക് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മരിക്കുകയോ അല്ലെങ്കിൽ താൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് പിന്നെ തനിക്ക് ഉപയോഗമൊന്നുമില്ല അയാൾക്ക് പിന്നെ തന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല അതാണ് പറയുന്നത് തെക്ക മൃതഹ പുത്രോവാ ഭൃത്യുവ തെക്തൻ അല്ലെങ്കിൽ നമ്മുടെ മരിച്ച അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പുത്രൻ അല്ലെങ്കിൽ പ്രത്യേകൻ ആത്മസംബന്ധിതായ അഭാവാണ് ആത്മസംബന്ധിത്വം താനുമായിട്ട് പിന്നെ അയാൾക്ക് ബന്ധമില്ല എന്റെ പുത്രൻ എന്നെ ഞാൻ ഉപേക്ഷിച്ചു എന്റെ പുത്രൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പുത്രനുമായിട്ട് എനിക്ക് ബന്ധമില്ല ആത്മസംബന്ധിതായ അഭാവമാണ് ആത്മാനം എന്ന ബാലയേരി പിന്നെ ആ പുത്രനെ എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല ആ മരിച്ച പുത്രൻ എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് അയാളില്ല നിലവിലില്ല ഞാനുമായ കയക്ക് ബന്ധമില്ല അവരുടെ തെക്തഹ എന്നുള്ളതിന് അർത്ഥം പറയണം ഉപേക്ഷിക്കപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെട്ട ഒന്ന് എന്നെ കൊണ്ട് എങ്ങനെ എനിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും ഉള്ളതിനെ കൊണ്ടേ രക്ഷിക്കാൻ കഴിയും ആത്മാവനന്ത പാലയതി ആത്മാവനെ പാലിക്കാൻ കഴിയത്തില്ല അതഹ അതുകൊണ്ടെന്താണ് ത്യാഗേന അപ്പൊ തന്നെ രക്ഷിക്കാൻ പറയുകയാണ് ഉപേക്ഷിച്ച ഒന്നിനെ കൊണ്ട് തന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടെന്താണ് ത്യാഗേന ത്യാഗം കൊണ്ട് രക്ഷിക്കാൻ പറ്റും ഇത്യമേവ ഇത് തന്നെയാണ് വേദാർത്ഥ വേദത്തിന്റെ അർത്ഥം ത്യാഗത്തിലൂടെ തന്നെ രക്ഷിക്കുന്നതാണ് തന്നെ സ്വയം രക്ഷിക്കുക തന്നെ രക്ഷിക്കുക പറഞ്ഞാൽ ആത്മാവിനെ രക്ഷിക്കുക എന്നാണ് ത്യാഗത്തിലൂടെ ആത്മാവിനെ അങ്ങനെ രക്ഷിക്കേണ്ട ഒരു വസ്തുവാണോ നമ്മുടെ ആനുകമ്പ അർഹിക്കുന്ന ഒരു വസ്തു ആണോ ആത്മാവ് എന്നൊന്നും ചോദിക്കരുത് കാരണം ഇവിടെ ഉപദേശിക്കുന്ന ആരോട് അജ്ഞാനിയോട് അയാളയാളുടെ അജ്ഞാനം കൊണ്ട് ഈ ആത്മാവിനെ തന്നെ തന്നെ നശിപ്പിക്കുകയാണ് ഉദ്ധരേത് ആത്മന ആത്മാനം തന്നെ ഉദ്ധരിക്കൂ എന്ന് പറയുന്ന ഇതെന്റെ ആശയമാണ് താൻ തന്നെ നശിപ്പിക്കുന്നതും തന്റെ അജ്ഞാനം സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആത്മാവിനെ ആർക്കും രക്ഷിക്കേണ്ട കാര്യമില്ല ശിക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ ഇപ്പോൾ ആത്മാവ് അജ്ഞാനം കൊണ്ട് മൂടിയിരിക്കുകയാണ് അജ്ഞാനകാര്യങ്ങളായിരിക്കുന്ന കാമക്രോധാദികൾ കൊണ്ട് ആത്മാവിനെ നശിപ്പിക്കുകയാണ് ഒരു ജീവൻ എന്നുവെച്ചാൽ അതിന്റെ ഊർജ്വഗതിയെ തടസ്സപ്പെടുത്തി അതിനെ അധോ ഗതിയിലേക്ക് അതിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ജീവന്മാരും അതാണ് അതിനെ നശിപ്പിക്കുക എന്ന് ആ നാശത്തിൽ നിന്നും അതിനെ കരകയറ്റണം നടക്കും അജ്ഞാനത്തിൽ നിന്നും അതിന്റെ കാര്യങ്ങളിൽ അങ്ങനെ ഈ ആത്മാവിനെ രക്ഷിക്കുക ഭുജിതാഹ എന്നുവെച്ച പാലിധ എന്നാണ് ഭുജിധാതുവിന് രണ്ടർത്ഥമുണ്ട് പാലന അഭ്യവഹാരോഹു എന്നാണ് ധാതുപാലത്തിന് അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് പാലനം ചെയ്യുക ഭക്ഷിക്കുക രണ്ടർത്ഥമുണ്ട് ഭുജിധാതു ഭക്ഷിക്കുന്നതും പാലനത്തിന് വേണ്ടിയാണല്ലോ പാലന പോഷണത്തിന് വേണ്ടിയിട്ടാണ് ഭക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ടർത്ഥമുണ്ട് അതിന്റെ ഭുജീദാഹ ഭുജിക്കുക എന്നുള്ള അർത്ഥത്തിന് ഭാഷികാനൻ പാടെ വിട്ടു കാരണം ഇവിടെ ഭോഗത്തിന്റെ പ്രകടനമുണ്ട് ത്യാഗത്തിന്റേതാണ് അതുകൊണ്ട് ഇനി ആ അർത്ഥത്തെ എടുത്തിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ആരുടെയും ഉള്ളിൽ ഇനി ഭോഗബുദ്ധി കടന്നുകൂടിയാലോ അതുകൊണ്ടത് വേണ്ട എന്ന് ചോദിച്ചിട്ട് ആ അർത്ഥത്തെ അങ്ങ് പാടെ വിട്ടിട്ട് പാല ചെയ്ത പാലിക്കുക എന്നുള്ള അർത്ഥമുണ്ട് അപ്പം ദോഷമില്ലാത്ത ഒരർത്ഥം സന്യാസ എന്ന് പറയുന്ന ആശയത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ അതിന് യോജിച്ച ഒരു അർത്ഥത്തെ എടുക്കുന്നേ ഉള്ളൂ ഭുഞ്ചീത എന്നുള്ള അർത്ഥത്തെടുത്തിട്ടും ഇതുപോലെയൊക്കെ വ്യാഖ്യാനിക്കാം പക്ഷെ അതിനും കൂടുതൽ സ്വീകാര്യമായി പാലജീത എന്നുള്ള അർത്ഥത്തെടുത്തു അപ്പൊ പാലിക്കേണ്ടത് എങ്ങനെ ത്യാഗത്തിലൂടെ എന്നാണ് എന്ത് ത്യാഗത്തിലൂടെ ത്യാഗത്തിലൂടെ ഏഷണാത്രേയത്തെ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ പരിപാലിക്കുക എന്നാണ് അപ്പൊ അതിൽ നിന്നും അതിൽ ബാക്കിയെല്ലാം വരും വിവേക വൈരാഗ്യാദികളെല്ലാം സമ്പാദിച്ച് തത്വം ഞാൻ സമ്പാദിച്ച് മോക്ഷത്തിന് വേണ്ടി നയിക്കുക തുടങ്ങിയ ആശയങ്ങളെല്ലാം ഈ പാലിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നുണ്ട് അതാണ് പാലിക്കുക എന്ന് പറയുന്നത് അല്ല ആത്മാവിനെ രക്ഷിക്കുക എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടേണ്ട ഒരു വസ്തുവാണ് അതിന് സംരക്ഷണം ആവശ്യമാണ് ജീവൻ്റെ എന്നുള്ള അർത്ഥത്തിലല്ല ഈ ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കി ശരിയായ മാർഗത്തിലൂടെ അന്തക്കനത്തെ നയിക്കുക എന്നതാണ് അതാണ് ഉദ്ദേശിക്കുന്നത് അത് സന്യാസം എന്ന് പറയുന്ന ആശയം ത്യാഗം എന്ന് പറയുന്ന ആശയത്തെയാണ് ഈ മന്ത്രത്തിൽ വെളിപ്പെടുത്തുന്നതെന്നാണ് തെക്കേന ഭജീത എന്നാണ് ത്യാഗത്തിലൂടെ ആത്മാവനെ പാലിക്കുക എന്ന് പറയുമ്പോൾ ഇത് പറയുന്ന ആരോട് ബ്രഹ്മചാരിയോടും ഗൃഹസ്ഥനോടുമാണ് ബ്രഹ്മചാരി അവൻ ഈ ഏഷണാത്രയത്തെ ത്യജിച്ചിട്ട് നേരെ സന്യാസത്തിലേക്ക് പോവുക ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ അയാളും േഷണാത്രയത്തെ ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിലേക്ക് പോവുക എല്ലാവരും സന്യാസത്തിലേക്ക് നടന്നോളൂ അതാണ് ശങ്കരാചാര്യ പറയുന്നത് മറ്റാശ്രമങ്ങളിലൊന്നും നില്ക്കരുത് കർശനമായി പറയുന്ന കാര്യമാണ് ഗ്രഹസ്ഥാശ്രമത്തിനും നിക്കരുത് ബ്രഹ്മചിരി ആശ്രമത്തിനും നില്ക്കരുത് നേരെ സന്യാസത്തിലേക്ക് പോകുള്ള ഇത്യമേവ വേദാർത്ഥ ഇത് വേദാർത്ഥം ഇത് ഈ മന്ത്രത്തിൽ പറയുന്നത് ഈശാവാസ്യം ഇതം സർവം എന്ന് പറയുന്നത് ാം അടുത്ത് വരുന്നെന്താണ് ധൃതം ഇവിടെ ഭാഷകാരൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരാശയത്തെ മനസ്സിവെച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത് അദ്വൈതമെന്ന് പറയുന്ന ആശയം അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ചിലപ്പോ ഭാഷയുടെ ചില നിയമങ്ങളെയും ഒക്കെ തെറ്റെന്ന് വരിക ഭുഞ്ചിധാഹ എന്നുള്ളത് പാലി ധ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നിടത്ത് വയ്യാകരണന്മാരെല്ലാം ഇവിടെയെല്ലാം ചില കടംപിടുത്തങ്ങളെക്കൂടെ നിഷേധിച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത് കാരണം അദ്വൈതം ഒരുപക്ഷേ ആചാര്യസ്വാമികൾക്ക് അദ്വൈതമേയും വെളിപ്പെടുകയുള്ളതായിരിക്കും അങ്ങനെയും വരാം കാണുന്നിടത്തല്ല അദ്വൈതമേ മറ്റുള്ളവർ ദ്വൈതം കാണുന്നിടത്തും ആചാര്യസ്വാമിക്ക് അദ്വൈതമേ കാണാൻ കഴിയത്തുള്ളതായിരിക്കും അങ്ങനെ ആയിരിക്കാം മനഃപൂർവ്വമായി കൊള്ളില്ല എന്താണ് ദ്വൈതം പറയേണ്ടിടത്തും അദ്വൈതം വ്യാഖ്യാനിക്കും അതാണ് അതിനുള്ള നിഷ്ഠ ഉണ്ടാകാം അദ്വൈതത്തിനും നിഷ്ഠയുള്ള ഒരാള് ഒരിടത്തും ഒരു ശബ്ദത്തിനും ദ്വൈതത്തെ കാണാൻ കഴിയുന്നില്ല ദ്വൈതത്തിന് അനുകൂലമായി ഒന്നും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് സർവദ് തന്നെ വ്യാഖ്യാനിക്കുന്നു അങ്ങനെ അങ്ങനെയാകാം കാക്ഷീരി അനർത്ഥകോ നിശനെ യേശനെയെല്ലാം ത്യജിച്ചവനായ നീങ്ങി യേശനെ തൃജിച്ചവനെന്ന് വെച്ചാൽ സന്യാസത്തിലേക്ക് പോയവനെന്നർത്ഥം സന്യാസം എന്ന് പറയുമ്പം ഇവിടെ ധരിച്ചുകളയരുത് മാനസികമായുള്ള ഒരു സന്യാസമാണ് ഇവിടെ ബാഹ്യമായുള്ള സന്യാസമാണ് മാനസികമായുള്ള ഒരു സന്യാസം എന്ന് പറഞ്ഞൊരു സന്യാസം മാനസികവുമായി മാത്രം ഒരു സന്യാസം അങ്ങനെ ഒരു സന്യാസത്തിന് ശങ്കരാചാര്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ശങ്കരാചാര്യ സന്യാസം എന്ന് പറയുന്നത് മാനസികവും ബാഹ്യവുമാണ് രണ്ടു തരത്തിലുള്ള സന്യാസമാണ് സന്യാസിന്ന് പറയുന്നത് ഇപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന ആളും പറയാം ഞാനും മനസ്സുകൊണ്ടെല്ലാം തെജിറ്റിട്ട് നിസ്സംഗമായ അസങ്കനായ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യ പുത്രാദികൾ സമ്പത്തുകളെയൊക്കെ അങ്ങനെ പറയുന്നത് ശങ്കരാചാര്യർക്ക് സമ്മതമല്ല ചങ്കരേഴി പറയുന്നത് സന്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് ഭിക്ഷാടനം എടുത്തു തന്നെ തീരും അതി പറഞ്ഞ് അല്ലെങ്കിൽ അതിന് കൂടിയൊരു സന്യാസം ഇല്ല ബാഹ്യമായ സന്യാസം ആന്തരികമായ കാര്യങ്ങൾ വേണം തത്വം ഞാനും പറയുന്ന നിസ്സംഗതിയും അസംഗതിയും എല്ലാം വേണം പക്ഷെ പറഞ്ഞാൽ അതിന് ബാഹ്യമായൊരു തെളിവും ഉണ്ട് എന്നാണ് അല്ലാതെ ആന്തരികമായി മാത്രം ഒരാളുടെ സന്യാസം അത് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ജ്ഞാനവും കർമ്മവും സമുച്ചയിക്കാൻ പറ്റത്തില്ലെന്ന് ജ്ഞാനവും കർമ്മവും സമുച്ചയിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രഹസ്ഥാശ്രമത്തിരുന്നുകൊണ്ട് തന്നെ തത്വജ്ഞാനം നേടുക ആന്തരികമായി ഇതെല്ലാം ഉപേക്ഷിക്കുക അങ്ങനെ മനസ്സുകൊണ്ട് നിസ്സംഗനായിരിക്കുക രണ്ടു ഒരേ സിനിമയും സംഭവിക്കാറുണ്ട് അതിന് ജനകന്റെയും മറ്റു ഉദാഹരണം പറയും ജനകന്റെ ഒക്കെ കഥ വരുമ്പം ശങ്കരാചാര്യ പറയുന്ന ആൾക്കാർ അർത്ഥവാദ കഥകളാണ് നടപ്പുള്ള കാര്യങ്ങളൊന്നും എന്ന് പറയും ഗീതയുടെ ഭാഷയത്തിലും മറ്റും പറയും മനുഷ്യന് പ്രായോഗികമായ കാര്യങ്ങളൊന്നും തോന്നുന്നു സന്യാസം വെച്ചാൽ ഉപേക്ഷിച്ചേ തീരൂ എന്റെ അഭിപ്രായമല്ല സംഗ്രാചര്യരുടെ അഭിപ്രായമാണ് ഗൃഹസ്ഥാശ്രമിയാണോ ഭാര്യയും മക്കളെ ഉപേക്ഷിക്കുക അല്ലാതെ ഒരു നിസ്സംഗതൊന്നും വരത്തില്ല ഉപേക്ഷിച്ചിട്ട് പോവുക പോയി ഭിക്ഷാടനം എടുക്കുക അത് പറ്റുമോ എന്നാലും ഇവിടെ ഇത് രണ്ടും കൂടെ സംശ്ചയിക്കാനും നോക്കത്തില്ല ഇനി സന്യാസി ൃഹസാശ്രമി ആയാലും ശരിയാകത്തില്ല സന്യാസിയും പറയണേ എനിക്കെല്ലാം ആകാം കാരണം ഞാൻ നിസ്സംഗനാണ് എന്ന് പറഞ്ഞാലും ശരിയാകത്തില്ല ഗ്രഹസ്ഥം പറയണേ എനിക്ക് ജ്ഞാനമാകാം ഞാൻ നിസ്സംഗനാണ് ഭാര്യയും പുത്രനുമൊക്കെ അടുത്തുണ്ടായിരുന്നാലും കുഴപ്പമില്ല ഇത് രണ്ടും ശരിയാകത്തില്ലെന്നാണ് ശങ്കരാചാര്യർ പറയുന്നത് അത് പ്രത്യേകം മനസ്സിലാകും ഇതിന് വിരുദ്ധമായ ചിന്താഗതികൾ വന്നിട്ടുണ്ട് പിൽക്കാലത്ത് ശങ്കരാച്യർക്ക് ശേഷം അങ്ങനെയല്ല ന്മാർക്ക് സഹിക്കാറുണ്ട് ഇതെങ്ങനെ ശരിയാകുമ്പം ഗാർഹസ്യത്തിന് അംഗീകാരം കുറയും കാരണം തത്വജ്ഞാനത്തിന് അവകാശ സന്യാസി മാത്രം എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും പുത്രന്മാരെയും ഒന്നും വിടാനുമയ്യ എന്നായി ഞാനും വേണം തന്നെ രണ്ടും കൂടെ വേണ്ടിവരും അങ്ങനെ രണ്ടും കൂടെ വേണ്ടി വരുമ്പോ അപ്പൊ പിന്നെ ഗൃഹസ്ഥാശ്രമത്തിന് പറ്റിയൊരു സന്യാസം അതിന് പിന്നീട് അതിനുള്ള അന്വേഷണങ്ങളും കണ്ടെത്തലുകളും ഒക്കെ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും ശങ്കരാചാര്യത് അംഗീകരിക്കുന്നില്ല അതാണ് ശങ്കരാചാര്യ ഒരു പ്രത്യേകത രണ്ടും കൂടെ ഒരുമിച്ച് പറ്റത്തില്ലെന്ന് തന്നെയാണ് പറയുന്നു അവരൊക്കെ സാധ്യമല്ല കാരണം അതിന് പറയുന്ന കാര്യം ഇതാണെന്നാണ് ഗർഭസ്ഥ്യത്തിൽ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യണമെങ്കിൽ കടത്തൃത്വ ബോധം വേണം കടത്തൃത്വ ബോധം വേണം അതിനാ കർമ്മം ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതിന് വേറെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ മുക്തന്മാർ കർമ്മം ചെയ്തോ അവശിഷ്ടന് ഒന്നും കർമ്മമല്ല അതിനു വേറെ സമാധാനം പറയും എന്നാലും ഒരു ആത്മജ്ഞാനത്തിനുള്ള ഒരു ഉപായം സാധനാ മാർഗം എന്നുള്ള അല്ലെങ്കിൽ ഒരിക്കലും ഗൃഹസ്ഥാശ്രമത്തെ ശങ്കരാചാര്യ ശുപാർശ ചെയ്യുന്നില്ല ഒരിക്കലും അതിന് സന്യാസം മാത്രമേ നിർദ്ദേശിക്കുന്നുള്ളൂ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു പറയും ആത്മജ്ഞാനം സമ്പാദിച്ച് മോക്ഷം നേടണം ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് പറ്റും നമ്മൾ പോയി ഗൃഹസാശ്രമിനോട് പറയരുത് പിന്നെ ആ വീട്ടിൽ നമ്മളെ കയറ്റാത് ഭക്ഷണം തരത്തിന്റെ പക്ഷെ ഇതാണ് അതിന്റെ സത്യം സത്യം ബ്രൂയാ പ്രിയം ബ്രൂയാദെന്നാണ് സത്യം പറയണം പ്രിയമുള്ള സത്യമേ പറയാവും നമ്മൾ ആൾക്കാരെ ഉപദേശിക്കണം പറഞ്ഞു കൊടുക്കണം ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ സന്യാസമുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിസ്സംഗമായി അനുഷ്ഠിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ പരസ്യമായി പറയാൻ പാടുള്ളൂ പക്ഷെ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഇതാണ് ഞാനും ഇത് പുറത്തു പറയാറില്ല പറയുന്ന എന്താണ് തെക്കേഷനഹത്വം യേശനുകളെല്ലാം ത്യജിച്ച നീ പൂർണമായും ഉപേക്ഷിച്ച നീ എന്ന അങ്ങനെ ഉപേക്ഷിച്ചിട്ട് നീ മാഘൃതൃ തന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നു ആകാംക്ഷ ഗ്രഥി കാക്ഷായാം എന്ന് പറയുന്ന ഒരു ധ അതുകൊണ്ട് അതിന്റെ രൂപമാണ് ആകാംക്ഷം ആഗ്രഹം എന്ന് പറഞ്ഞ പോലെ ആകാംക്ഷാ ശരിക്കും ദുരാഗ്രഹം എന്നാണ് സമ്പത്തിനോടുള്ള ദുരാഗ്രഹം മാ കാർഷി ചെയ്യരുത് എന്നാണ് എങ്ങനെ ധനവിഷയം ധനത്തെക്കുറിച്ചുള്ള ആകാംക്ഷ അത് ഒരിക്കലും നീ വയ്ക്കരുത് ധനത്തെ ആഗ്രഹിക്കരുത് എന്നാണ് അത് തന്നെ ഒന്നുകൂടി വിശദീകരിക്കുന്നു കസ്യസിദ്ധനം ആരുടെയും ധനം കസ്യസിദ് ആരുടെയും കസ്യചിത്ത് എന്നർത്ഥം പറഞ്ഞാലും കസ്യചിത്ത് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ നടത്തും അർത്ഥം കസ്യചിത്ത് ആരുടെയും സിദ്ധിന് ഇവിടെ പ്രത്യേക അർത്ഥമൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കാലത്ത് പറയുന്നുണ്ട് സ്വസ്യവനം അന്യന്റെയോ തന്റെയോ ധനം തന്റെ ധനം എന്ന് പറയുന്നത് എന്താണ് ഗൃഹസ്ഥാശ്രമിക്കും ധനം കാണും സന്യാസിക്കാൻ പോയാലും പിന്നെ പെൻഷനൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ നമ്മൾ സന്യാസിക്കിന് ധനം വരും പറയുന്നു പരസ്യ സ്വസ്യവാധനം തന്റെ ധനമായാലും ശരി അന്യന്റെ ധനമായാലും ശരി മാക്കാ ക്ഷീ പിന്നെ അതാഗ്രഹിക്കരുതെന്നാണ് ആരുടെയും ധനത്തെ ആഗ്രഹിക്കരുതെന്നാണ് അങ്ങനെയാണ് തെജിച്ചവനോട് വീണ്ടും പറയുന്നത് യേഷണ ത്രയത്യാഗം നടത്തിയവനോട് വീണ്ടും ധനത്തെ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട് കാരണം വീണ്ടും ആഗ്രഹം ഉണ്ടാകാം ത്യജിച്ചെന്ന് വിചാരിച്ച് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് ആശ്രമത്തിൽ പോയാൽ ആ ത്യാഗം സ്ഥിരമായി നിലനിന്നുള്ളൊന്നുമില്ല സന്യാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ആഗ്രഹം ഉണ്ടാകാം വീണ്ടും സമ്പത്തിനോട് ആഗ്രഹം ഉണ്ടാകാം ഉപേക്ഷിച്ചതിനോടെല്ലാം വീണ്ടും താല്പര്യം വരാം ഏത് സമയവും വരാം പൂർവാധികം ബലവത്തായിട്ട് വരാം ആഗ്രഹങ്ങൾ കാരണം അതും ഒരന്തക്കരണ വൃത്തിയാണ് ത്യാഗം ഒരു മനസ്സിന്റെ വൃത്തിയാണ് മനസ്സിൻ്റെ ഒരു പരിണാമമാണ് പരിണാമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അത് ക്ഷയിക്കും എല്ലാ പരിണാമങ്ങളും ക്ഷയിച്ചു പരിണാമത്തിൻ്റെ ഒരു സ്വഭാവമാണ് മനസ്സൊരുതരത്തിൽ പരിണമിക്കുന്നതാണ് വിരാഗം വിരക്തി എന്നൊക്കെ പറയുന്നത് ത്യാഗമെന്ന് പറയുന്നു അത് തന്നെ പറയുന്നത് അത് അവിടെ പ്രത്യേകിച്ച് ത്യജിക്കാനൊന്നുമില്ല അപ്പം ത്യാഗം എല്ലാം തരത്തിലാണ് ഒരാൾ വീട് ഉപേക്ഷിക്കുന്നു ഭാര്യ ഉപേക്ഷിക്കുന്നു മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്നു സമ്പത്തിന് ഉപേക്ഷിക്കുന്നു എല്ലാം ഉപേക്ഷിക്കുമ്പോൾ അത് മനസ്സിൻ്റെ ഒരു വിരക്തിയാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും ആ വിരക്തി എന്ന് പറയുന്ന അന്തക്കരണപ്പെടുത്തി ആ പരിണാമം അതങ്ങ് ക്ഷയിച്ചു വാസന കൊണ്ട് വീണ്ടും പുതിയ പരിണാമങ്ങൾ ആഗ്രഹങ്ങൾ നേരത്തെ ഉണ്ടായ വിരക്തിക്ക് നേരെ വിപരീതമായ ആഗ്രഹങ്ങൾ ഉണ്ടാകും പൂർവ്വാധികം ചിലപ്പോൾ ശക്തിയായിരുന്നു അപ്പോ വീണ്ടും പറയാണ് നീ അതൊന്നും ആഗ്രഹിക്കരുത് ഉപേക്ഷിച്ചതിനൊന്നും ആഗ്രഹിക്കരുത് ത്യജിച്ചിട്ട് പിന്നെ കുതിക്കാൻ പോവരുത് എന്നാണ് അങ്ങനെയാണെന്ന് വ്യാഖ്യാനിച്ചിരിക്കും ത്യജിച്ചിട്ട് ഭുജിക്കുക ത്യജിച്ചിട്ട് പിന്നെ ഭുജിക്കാൻ പോകരുത് ത്യജിച്ച പിന്നെ ത്യജിച്ചായിരിക്കും അങ്ങനെ വീണ്ടും വരാം ത്യജിച്ചിട്ട് വീണ്ടും ഭുജിക്കണമെന്ന് തോന്നുന്നു പറയുന്നു പാടില്ല എന്ന് പറയുന്നു ധനത്തെ ധനമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഉപലക്ഷണമായി പറഞ്ഞിരിക്കുകയാണ് എന്തിനെയെല്ലാമാണോ താൻ ഉപേക്ഷിച്ചത് അതിനൊന്നും വീണ്ടും ഒരുക്കണം ആഗ്രഹിക്കരുത് ആണ് മാത്രമേ ഈ പറയുന്ന ജ്ഞാനസമ്പാദന സാധ്യമാകൂ ഇത് രണ്ടും കൂടി ഒരിക്കൽ ഒരുമിച്ചൊരിക്കലും സാധ്യമല്ല എന്നാണ് ആഗ്രഹങ്ങളെല്ലാം പാടെ ഉപേക്ഷിക്കുക ഏത് പുത്രേഷണ വിത്തേഷണോ കാരേഷണോ ലോകേഷണോ ഈ യേഷണങ്ങളെയെല്ലാം ഇതൊന്നും വീണ്ടും വരരുത് എന്നാണ് എന്നാല് അതിൽ ദൃഢത സന്യാസത്തില് ത്യാഗത്തിൽ ദൃഢത വരും എന്നാണ് സിദ്ധ്യാനർത്ഥകോ നിവാദമുണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അതിന് സസ്യ എന്ന് മാത്രം എടുത്താലും ഈ അർത്ഥം കിട്ടും നിപാദങ്ങളെന്ന് പറയും അർത്ഥമുള്ളതും അർത്ഥമില്ലാത്തതുമുണ്ട് ഉച്ചാരണത്തിന് വേണ്ടി അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കും മന്ത്രം എന്നുള്ള അതിന് പ്രയോജനം ഉണ്ടാവും ശബ്ദാർത്ഥ വിചാരത്തിൽ അതിന് പ്രാധാന്യമില്ലാതെ ഒരു അതാണ് അനർത്ഥവെന്ന് പറയുന്നത് തീരെ അതിന് പ്രയോജനമില്ലാന്നുള്ള അർത്ഥത്തിലല്ല അർത്ഥ ചെയ്താൽ അർത്ഥം കാണത്തില്ല മന്ത്രം എന്നുള്ള പ്രയോജനമുണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അതാണ് അനർത്ഥകമായ നിവാദവും പറഞ്ഞു അതുകൊണ്ട് പറയുന്നെന്താണ് ഇവിടെ സന്യാസത്തെയാണ് പറയുന്നത് ആ സന്യാസവും ആണ് ആ സന്യാസിയാണ് ജ്ഞാനത്തിന് അധികാരി ഗൃഹസ്ഥനല്ല ഗൃഹസ്ഥൻ കർമ്മത്തിനാണ് അധികാരി അതുകൊണ്ട് സന്യാസത്തിലേക്ക് ഒരാൾ കടന്നുകഴിഞ്ഞാൽ വിഷണാത്രേയ രൂപത്തിലുള്ള സന്യാസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ താൻ ത്യജിച്ചതിനൊന്നും രണ്ടാമത് വീണ്ടും ആഗ്രഹിക്കരുത് എന്ന് പറയുമ്പം ത്യജിക്കുന്ന എല്ലാവരിലും ഈ ആഗ്രഹങ്ങൾ വീണ്ടും കടന്നു വരാമെന്നുള്ളത് അത് സൂചിപ്പിക്കുന്നുണ്ട് ആരെല്ലാം ത്യജിച്ചോ അവർക്കെല്ലാം വീണ്ടും ആഗ്രഹം വരും അങ്ങനെ വരാതെ ആറുമില്ല പരമപരിശുദ്ധമായ അന്ധകരണം എന്ന് പറയുന്നത് മനുഷ്യന് ഈശ്വരൻ കൊടുത്തിട്ടില്ല ആർക്കും അപ്പം ആരെല്ലാം ത്യാഗത്തിന്റെ മാർഗ്ഗത്തിൽ സന്യാസത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു അവർക്കെല്ലാം ഈ ആഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും വരും അതൊരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് വാസന അനേക ജന്മങ്ങളുടെ വാസനകൾ ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് വീണ്ടും ശ്രുതി ഓർമ്മിപ്പിക്കുകയാണ് ആ വഴിക്ക് പോകരുത് ആണ് വീണ്ടും പറഞ്ഞത് അങ്ങനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാം അഥവാ മാഘൃത മാഘൃത എന്ന് പറയുന്നത് ഇങ്ങനെയും വ്യാഖ്യാനിക്കാം ആഗ്രഹിക്കരുത് കസ്മാത് എന്തുകൊണ്ട് കസ്യസിദ്ധനം നിത്യാക്ഷവാർത്തം ഈ ധനം പിന്നെ ആർക്കാണുള്ളത് നീ സർവത്തെയും ത്യജിച്ച് താൻ തന്നെ പരമാത്മാവാണ് എന്നുള്ള ഭാവന കൊണ്ടാണ് ത്യജിച്ചത് അല്ല ഞാൻ പ്രവർത്തിക്കുന്നവനാണ് കർത്താവാണ് ഭോക്താവാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ത്യജിക്കാൻ ഒക്കത്തിട്ട് അപ്പം വീണ്ടും ഭാര്യയും പുത്രന്മാരും ധനവുമെല്ലാം വരും മറിച്ച് താൻ പരമാത്മാവാണ് എന്ന് വിചാരിച്ച് ആ അറിവുകൊണ്ടാണ് ത്യജിച്ചത് അങ്ങനെ ത്യജിക്കുന്ന ഒരുവന് കസ്യസിദ്ധനം വിത്യാക്ഷയവാർത്തം ഇവിടെ ആക്ഷേപാർത്ഥത്തിൽ നിഷേധിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ആക്ഷേപം എന്ന് വെച്ചാൽ നിഷേധം ആക്ഷേപാർത്ഥം എന്ന് വെച്ചാൽ നിഷേധാർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ സാർ എന്ന് പറയുന്ന ആക്ഷേപമല്ല ഒരാൾ ആക്ഷേപിച്ചു എന്ന് പറയുന്ന ആക്ഷേപം മലയാളത്തിലെ ആക്ഷേപമല്ല നിഷേധമാണ് നിഷേധാർത്ഥത്തിലാണ് എന്താണ് ധനം ഇവിടെ ധനം ആർക്കും ഇല്ല ധനവും ഭാര്യയും പുത്രനും ലോകവും ആർക്കും ഇല്ല എന്നർത്ഥം എന്ന കസിച്ചു ധനം നടത്തി എന്നാന്ന് പറയുന്നത് നിഷേധം ആക്ഷേപത്തിന്റെ അർത്ഥം നിഷേധം അതാണ് നശബ്ദം കൊണ്ട് പറയുന്നത് ധനം ആർക്കുമില്ല യദ്ധ്യത ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ആഗ്രഹിക്കാമായിരുന്നു എന്നാണ് ആത്മഭാവനയാൾ സർവത്തെയും ത്യജിച്ച ഒരുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭാര്യയില്ല പുത്രന്മാരില്ല ധനമില്ല ലോകങ്ങളില്ല അങ്ങനെ ഒന്നുണ്ടായിരുന്നെങ്കിൽ അയാൾ ആഗ്രഹിച്ചു പോയേനെ എന്നാണ് അതാണ് ശ്രുതി പറയുന്നത് ആന നിഷേധിക്കുകയാണ് നീ തെജിച്ചോ തെയിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് എന്തുകൊണ്ട് ഇവിടെ സന്യാസം സന്യാസം എന്ന് പറയുന്നത് ശ്രുതി വിധിക്കുന്നതാണ് വിധേയമാണത് ശ്രുതി വിധിക്കാണ് ഇതഹരേവ വിരജ് തദഹരവ പ്രവ്രജ് നിനക്കെപ്പോഴാണോ ഇതിനോടെല്ലാം വിരക്തി തോന്നുന്നത് ആ നിമിഷം ഉപേക്ഷിച്ചോളുക ബ്രഹ്മചാരി ആയാലും കൊള്ളാം ഗ്രഹസ്ഥനായാലും കൊള്ളാം ആ നിമിഷം വീട് വിട്ടിറങ്ങിക്കൊള്ളാനാണ് സന്യാസം വീട്ടിൽ ഇരുന്നോണ്ടുള്ള സന്യാസാണ് വീട് വിട്ട് ഉപേക്ഷിച്ചു പോവുക അതാണ് ശ്രുതി പറയുന്നത് അത് സന്യാസമാണ് വിധേയമായ സന്യാസം എന്ന് പറയുമ്പം സന്യാസത്തിന് പൂർണമായ യോഗ്യത ഇല്ലാത്തവന് വേണ്ടിയുള്ള സന്യാസം അതാണ് അല്ലെങ്കിൽ സന്യാസത്തിന്റെ പൂർണ്ണമായ യോഗ്യതകളെല്ലാം തികഞ്ഞവനുള്ള സന്യാസം വേണ്ട സന്യാസത്തിന്റെ യോഗ്യതകൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്യാസം അയാൾക്ക് പിന്നെ കൈവശമുള്ളത് എന്താണ് താൽക്കാലികമായിട്ടുള്ള വിരക്കി അത് മാത്രമാണ് എന്തെങ്കിലും കാരണം വെച്ചാൽ ഭാര്യയോട് പിണങ്ങിയാകാം അല്ലെങ്കിൽ പൂർവ്വ പുണ്യം കൊണ്ടാകാം എങ്ങനെയെങ്കിലും അയാളുടെ മനസ്സിൽ വിരക്തി ഉണ്ടായി അങ്ങനെ വിരക്തി ഉണ്ടായിക്കൊണ്ട പിന്നെ ആ സമയം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊള്ളാനാണ് പിന്നെ കുറച്ച് സമയം കൂടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇണങ്ങും പിന്നെ സന്യാസിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് ആ നിമിഷം തന്നെ വിട്ടോളാനാണ് ശ്രുതി പറയുന്നത് വീട് വിട്ട് സ്ഥലം വിട്ടോളൂ പിന്നെ ഇണങ്ങാൻ നിൽക്കരുത് അപ്പോ എന്താണ് അവിടെ പരിപക്വമായ സന്യാസമുണ്ട് എന്നുവെച്ചാൽ മന്ദാധികാരികൾക്കുള്ള സന്യാസമാണ് വിധിക്കുന്ന ശബ്ദം വിധേയമായ സന്യാസം ഇതിനാണ് നമ്മൾ പറയുന്നത് മുമ്പും പറഞ്ഞിട്ടുള്ളത് വിവിധ സന്യാസം സന്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സന്യാസം നമ്മളെല്ലാം സാധനം സ്വീകരിക്കുന്ന സന്യാസം അതാണ് സന്യാസം എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സന്യാസമാണ് വിവിധ സന്യാസം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സന്യാസം ഇത് വിധിക്കുകയാണ് അപ്പം നേരത്തെ പറഞ്ഞു എന്താണ് വിവിധ സന്യാസിക്ക് വേണ്ടി പറയുക നീ ആരുടെയും ധനത്തെ ആഗ്രഹിക്കരുത് എന്ന് പറയുന്നു കാരണം ഇതൊന്നും വേണ്ട എന്ന് കല്പിച്ചുകൊണ്ട് അങ്ങനെ ധരിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചവന് അവനിതൊക്കെ സന്യാസത്തെ അറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാണ് അപ്പം അവന്റെ വൈരാഗ്യം പരിപക്വമല്ല അപക്വമാണ് മന്ദമാണ് അവന്റെ ജ്ഞാനം മന്ദമാണ് ഇതിനെ സംബന്ധിച്ചുള്ള അവന്റെ ധാരണകൾ സങ്കല്പങ്ങള് എല്ലാം മന്ദമാണ് തീവ്രമല്ല എന്നത് അപ്പം അങ്ങനെയുള്ളവനെ സംബന്ധിച്ചിടത്തോളം ശ്രുതി പറഞ്ഞിരിക്കുകയല്ലേ സന്യാസിച്ചോളാൻ അത് കേട്ടുകൊണ്ടാവും അതിനെ വിശ്വസിച്ചുകൊണ്ടാവാൻ വീട് വിട്ടിറങ്ങി സന്യാസത്തിലേക്ക് ഇറങ്ങി വീണ്ടും അവൻ ഇതെല്ലാം തലവെക്കാം അപ്പം വീണ്ടും ശ്രുതി വീണ്ടും ഉപദേശിക്കുകയാണ് ശ്രുതി അല്ലെങ്കിൽ ഗുരു ഉപദേശിക്കുന്നു മാതൃദസ്യസിദ്ധനം ഇനി ആരുടെ ഈ ധനത്തെ ഇനി ആഗ്രഹിക്കരുത് നീ ഉപേക്ഷിച്ചതാണ് ഉപേക്ഷിച്ചതിനെ വീണ്ടും നീ ത്യജിച്ചാണ് ഇനി അതിനെ ഫുലിക്കരുത് എന്ന് പറയുന്നു ഇതെന്താണ് വിധേയമായ അല്ലെങ്കിൽ വൈധമായ സന്യാസം എന്നാണ് ഇതിന് സാങ്കേതികമായ അർത്ഥത്തിൽ പറയുന്നത് വൈധസന്യാസം ശ്രുതി വിധിക്കുന്ന സന്യാസം അവൈധമായ സന്യാസമുണ്ട് ശ്രുതി വിധിക്കുന്നില്ല ശ്രുതി വിധിക്കാത്ത സന്യാസമുണ്ട് സന്യാസം പരമാർത്ഥത്തിൽ അതിനെ വിധിക്കാനൊക്കത്തില്ല കാരണം ആ സന്യാസം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനസ്വരൂപമാണ് ആത്മസ്വരൂപമാണ് ആ സന്യാസം സഹജമായ ആത്മനിഷ്ഠയാണ് അതിന് ശ്രുതിക്ക് വിധിക്കാനൊക്കത്തില്ല ഗുരുവിന് വിധിക്കാനൊക്കത്തില്ല അതിനാണ് നമ്മൾ പറയുന്നത് എന്താണ് വിദ്വസ് സന്യാസം ആ സന്യാസത്തിലാണ് നമ്മൾ പറയുന്നത് വിധി നിഷേധങ്ങളൊന്നുമില്ല വൈധമായ സന്യാസം എന്ന് പറയുന്നത് അവിടെ വിധിയുണ്ട് നിഷേധങ്ങളുമുണ്ട് ആ സന്യാസിക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള വിധി നിഷേധങ്ങളെല്ലാം ഉണ്ട് ഞാൻ വീട് വിട്ടിറങ്ങി കാവ്യമെടുത്തു കഴിഞ്ഞു ഇനി എനിക്ക് വിധി നിഷേധമൊന്നുമില്ല എനിക്കിഷ്ടമുള്ളത് ചെയ്യാം എന്റെ മനസ്സിൽ വന്ന് ഞാൻ പ്രവർത്തിക്കും എന്നൊന്നും പറയാൻ അധികാരമില്ല എന്തുകൊണ്ട് താൻ ഇറങ്ങിയ തന്നെ ഒരു വിധിയെ അനുസരിച്ചുകൊണ്ടാണ് ഒരു വിധിയെ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ സന്യാസത്തിന് ഇറങ്ങിയെങ്കിൽ ആ സന്യാസത്തിന്റെ പൂർത്തിക്ക് വേണ്ടി ആ വിധിയെ പരിപാലിച്ച് തീരും വിധിയുള്ള അടുത്ത് നിഷേധവും വരും അപ്പം സന്യാസിക്ക് വിധി നിഷേധങ്ങളെല്ലാം ഉണ്ട് ഇല്ല എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അപകടമാണ് പക്ഷേ അതിന്റെ പരിപക്വമായ അവസ്ഥയിൽ അതിന വിസ് സന്യാസം എന്ന് പറയും അവിടെ എന്താണ് അവിടെ വിധി നിഷേധങ്ങളൊന്നുമില്ല ആ സന്യാസിയോട് പറയേണ്ട ആ വിശ്വവിനെ നീ ആരുടെയും ധനത്തെ ആഗ്രഹിക്കരുതെന്ന് പറയേണ്ട കാര്യമില്ല നിന്നിൽ ഒരു തരത്തിലുള്ള ഏഷണങ്ങളും വരേണ്ട ഉണ്ടാകരുത് എന്ന് ഉപദേശിക്കേണ്ട കാര്യമുണ്ട് അവിടെ ഉപദേശിക്കാനായിട്ട് ശ്രുതിയില്ല ഗുരുവുമില്ല അങ്ങനെയുള്ള ഒരവസ്ഥയുണ്ട് ആ അവസ്ഥ വിശദീകരിക്കുന്ന രീതിയിലും ഈ മന്ത്രത്തെ അടുത്ത ഭാഷകാരം വ്യാഖ്യാനിക്കുകയാണെന്ന് വെച്ചാൽ രണ്ട് സന്യാസത്തെയും വേണ്ടി ആദ്യം വിവിധ സന്യാസത്തെ രണ്ടാമത് വിദ്യുത് സന്യാസത്തെ എന്താണ് അടുത്ത് പറയുന്നത് നസ് അങ്ങനെയുള്ള ഒരു വിദ്യുത് സന്യാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളെ സംബന്ധിച്ചിടത്തോളം ധനമേയില്ല പിന്നെ എങ്ങനെയാളാഗ്രഹിക്കുക അതാ സന്യാസത്തിന്റെ അവസ്ഥയെ നമുക്ക് വെളിപ്പെടുത്തി തരേണ് മറ്റതെന്താണ് സന്യാസിയുടെ സാധനയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരണം ആദ്യം ഇതങ്ങനെയല്ല സന്യാസിയുടെ സിദ്ധിയെ നമുക്ക് വെളിപ്പെടുത്തി തരേണ് ആദ്യം വേഖാനിച്ചെങ്ങനെ സന്യാസിയുടെ സാധനയെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നു ഇത് സന്യാസിയുടെ സിദ്ധി എന്താണ് ആത്മീയവേദം സർവം സർവവും ആത്മാവാണ് ഇത് ഈശ്വരഭാവനയാ സർവം തെക്കം എന്നുള്ള ഈശ്വരഭാവന കൊണ്ടാണ് അയാൾ വീട്ടുകാരോട് പിണങ്ങിയിട്ട് സന്യസിച്ചാൽ ഭാര്യയോട് പിണങ്ങി സന്യസിച്ച് നിരാശ കൊണ്ട് സന്യസിച്ചേ മറിച്ച് എന്താണ് ആത്മഭാവന കൊണ്ട് സർവവും സന്യസിച്ചിരിക്കുകയാണ് ഈശ്വരഭാവനയാ സർവം തെക്തം ഈശ്വര ഭാവന കൊണ്ടാണ് അയാൾ ത്യച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ ഗ്രഹിക്കാനൊന്നുമില്ല ത്യാഗം എന്ന് പറയുന്ന അയാളുടെ സ്വരൂപം തന്നെ ആയി മാറിയിട്ടുണ്ട് ത്യാഗം എന്ന് പറയുന്ന ആത്മസ്വരൂപമാണ് അതുകൊണ്ട് എന്തെയ്യുന്നു ആത്മഭാവന കൊണ്ട് സർവം തെക്തം പിന്നെ എന്തിനെ ആഗ്രഹിക്കും ആഗ്രഹിക്കാനൊന്നുമില്ല അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭോക്താവായിരിക്കുന്നത് ഈശ്വരൻ ഭോഗ്യമായിരിക്കുന്നു ഈശ്വരൻ തന്നെ പിന്നെ എന്തിനാ ഭുജിക്കും അപ്പൊ ത്യജിച്ചിട്ട് അവിടെ ഭുജിക്കാനൊന്നും ഇതാ അധ ആത്മനെയവ ഇതം സർവം സർവവും ഇത് എന്ന് പറഞ്ഞാൽ ആത്മന ഏവ ഇതം ഇതെല്ലാം ആത്മാവിന്റേതാണെന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവുത സർവം ആത്മാവ് തന്നെയാണ് സർവവും അതാണ് സന്യാസിയുടെ ശക്തി വിദ്വസന്യാസിയുടെ അനുഭവം അതാണ് സർവോ ആത്മാവാണെന്നാണ് അനുഭവം അതോ അതുകൊണ്ടെന്താണ് മിഥ്യാ വിഷയാം കൃതി ആ കാർഷി ഇതാണ് പാരമാർത്ഥികമായിട്ടുള്ള അവസ്ഥ അപ്പൊ പിന്നെ അവിടെ ആഗ്രഹിക്കുന്ന പ്രശ്നമേ വരുന്നില്ല എന്നാണ് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല എന്നാ എന്ന് പറയുമ്പോ അവിടെ ആ വിദ്യു സന്യാസിയുടെ സിദ്ധിയെ കാണിക്കണം അവിടെ അവസ്ഥയെ കാണിക്കാണ് അനുഭവത്തെ അപ്പൊ പിന്നെ അയാളോട് പ്രത്യേകിച്ച് ആഗ്രഹിക്കരുതെന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല കാരണം ആഗ്രഹം അവിടെ സർവവും ഈശ്വര ഭാവനയിൽ കാണുന്നു അപ്പം തന്നെ നിന്ന് അന്യമായിട്ടവിടെ സമ്പത്തോ പുത്രനോ ഭാര്യയോ ലോകങ്ങളോ ഒന്നുമില്ല പിന്നെ എന്തിനാഗ്രഹിക്കും ഒന്നിനെയും ആഗ്രഹിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതാ സന്യാസത്തിന്റെ പരമമായ കാഷ്ട എന്നാണ് ഇത് ഉത്തമമായ അവസ്ഥ അതിനെ പറയുകയാണ് ആ രീതിയിലും വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ ഒരു സാധന എന്നുള്ള സന്യാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങളെ ആഗ്രഹങ്ങളെല്ലാം നിഷേധിക്കുന്നതിന് വേണ്ടി എന്നുള്ള അർത്ഥത്തിലും ഇശ്രുതി ഉപദേശിക്കുകയാണ് അല്ലെങ്കിൽ സന്യാസത്തിന്റെ ശിദ്ധാവസ്ഥ പക്വാവസ്ഥ എന്നുള്ള രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ് ചുരുക്കത്തിൽ ഇത് സന്യാസി എന്ന് പറയുന്ന ആശ്രമത്തെയാണ് ഇവിടെ വിധിക്കുന്നതെന്നാണ് ആചാര്യസ്വാമികളുടെ ഭാഷ എന്തുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ജ്ഞാനം സാധ്യമല്ല ഗൃഹസ്ഥാശ്രമത്തിൽ കർമ്മമേ സാധ്യമാകൂ അതുകൊണ്ട് ജ്ഞാനം ആവശ്യമുണ്ടോ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ബ്രഹ്മചര്യം ഉപേക്ഷിക്കുക എന്നിട്ട് സന്യാസമാർഗത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ഇതാണ് ശങ്കരാദ്വൈതത്തിന്റെ ആശയം ശങ്കരാദ്വൈതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിതാണെന്ന് മനസ്സിലാക്കി വെക്കുക ഇത് ശരിയാണോ തെറ്റാണോ ഈ ആശയം അത് സ്വയം കഴിവുള്ളവരുണ്ടെങ്കിൽ അത് വെച്ച് നിർണ്ണയിക്കുക ശങ്കരാചാര്യരുടെ ആശയം ഇതെല്ലാം വേറെ ആണെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നുകൂടെ പഠിക്കാൻ ശ്രമിക്കുക ഒന്നുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശങ്കരാചാര്യ ഇതാണ് എല്ലാ ഉപനിഷത്തുകളും നമ്മൾ നോക്കുക ആവർത്തിച്ചാൽ ചവിടെ എല്ലാം പറയുന്നത് ഇത് ഈ രണ്ട് ിൽ നിന്നുകൊണ്ടാണ് ഒന്ന് ഗൃഹസ്ഥന്റെ തലത്തിൽ മറ്റൊന്ന് സന്യാസിയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ദർശനം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആരുടെ പക്ഷത്തുനിന്ന് സംശയമൊന്നും വരുന്നില്ല ഉണ്ടെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ർക്കെങ്കിൽ സംശയം ശങ്കരാചാര്യര് ശങ്കരാചാര്യര് പറയുന്നത് കർമ്മ നിയമസംസിനകാദയ എന്ന് പറയുന്ന ഗീതാ ശ്ലോകമുണ്ടല്ലോ ആ ഗീതാശ്ലോകത്തിന്റെ ഭാഷ്യം അടുത്തുനിന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുന്നു അവിടെ ശങ്കരാചാര്യർ പറയുന്നു ശങ്കരാ പറയുന്നത് ജനകൻ ജ്ഞാനിയാണോ ഒന്ന് പറയുന്നത് അവിടെ മാത്രമല്ല ഉപനിഷത്തുകളുടെ യുഷുമാരെ കുറിച്ചൊക്കെ പറയും അഗ്രഹസ്ഥന്മാരായിരുന്നു എന്നൊക്കെ പറയുന്നത് ശങ്കരാറി അതൊക്കെ വെറും കഥകളാണ് നടന്ന കാര്യങ്ങളൊന്നുമല്ല അതെല്ലാം വെറും അർത്ഥവാദ കഥകളാണ് സ്തുതിപരമായിട്ട് പറയുന്ന കഥകളാണ് താത്വികമായിട്ടുള്ള വിശകലനങ്ങളല്ലാതൊന്നും എന്നാണ് താത്വികമായി വിശകലനം ചെയ്യുമ്പോൾ കഥകളുടെ അടിസ്ഥാനത്തിൽ ഒന്നും ഇതൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇനി അങ്ങനെ ജനകനുമല്ല ഞാനും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനകൻ കർമ്മത്തെ ഉപേക്ഷിച്ചില്ല എന്തോ പൂർവ്വ പുണ്യം കൊണ്ട് ജനകന് അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായി ഗൃഹസ്ഥാശ്രമത്തിരുന്നുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു സമ്മതിച്ചാൽ തന്നെയും ഞാൻ അതിനൊരു സാധനയായിട്ട് മനുഷ്യർക്ക് ഉപദേശിക്കുന്നില്ലെന്നാണ് ശങ്കരായുരു പറയുന്നത് അത് നിങ്ങൾ സ്വീകരിച്ചുകൊള്ളുക എന്ന് പറയുന്നത് ഇതാണ് ശങ്കരായു പറയുന്നത് ഇനി ഒരുപക്ഷെ ഒരു ജനകൻ അങ്ങനെ സംഭവിച്ചിരിക്കാം തത്വജ്ഞാനത്തിന് ഗൃഹസ്ഥാശ്രമത്തിരുന്നുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചിരിക്കാം അങ്ങനെ ആയിക്കോട്ടെ താനത് ഉപദേശിക്കുന്നില്ല ഞാൻ പറയുന്നത് എന്താണോ ഇതെല്ലാം ഉപേക്ഷിക്കുക ഉപേക്ഷിച്ചിട്ട് ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇതാണ് പറയുന്നത് ജനകൻ അങ്ങനെ ആണെന്നോ അല്ലെന്നോന്നും തറപ്പിച്ച് പറയുന്നില്ല ആ ഭാഷയും എടുത്ത് വായിച്ചു നോക്കൂ വളരെയധികം വിശദീകരിക്കും അ ശങ്കരായ പക്ഷം ത്യാഗത്തിലൂടെ മാത്രമേ പറ്റൂ എന്നാണ് അതാവടത്തിൽ അതാണ് ജ്ഞാന കർമ്മ സമുച്ചയം സാധ്യമേണ്ട എന്ന് ഒരേ സമിതി ഒരാൾക്ക് ഇത് രണ്ടും സാധ്യമുണ്ട എന്ന് പറയുന്നതാണ് അങ്ങനെ അതാകാണെന്ന് പറയുന്ന ആചാര്യന്മാരും പിൽക്കാലത്തുണ്ടായിട്ടുണ്ട് അതായത് ഈ പറയുന്ന അദ്വൈതം തന്നെ വേദാന്തം തന്നെ പഠിച്ചു കഴിഞ്ഞ ഗ്രഹസ്ഥന്മാർ സന്യാസ സ്വീകരിക്കാത്ത ഗ്രഹസ്ഥന്മാര് പിന്നെ ഇതിന് വ്യാഖ്യാനങ്ങൾ എഴുതി അപ്പോ അവരെഴുതി എന്താണ് അങ്ങനല്ല ഗ്രഹസ്ഥാശ്രമം തീരുന്നുകൊണ്ട് ഇതാകാം ഇതിന് സന്യാസം വേണമെന്നില്ല അങ്ങനെ എഴുതിയില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ സ്വന്തം നനനത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാവും അതുകൊണ്ട് അങ്ങനെ എഴുതിയിട്ടുള്ളൂ അത് ശരിയോ തെറ്റോന്നുള്ളത് അവർക്കേ അറിയാവൂ നമുക്കറിയാൻ പറ്റത്തില്ല ഗ്രഹസ്ഥനെ അറിയാവൂ ഗൃഹസ്ഥാശ്രമത്തിരുന്നുണ്ട് ഞങ്ങൾ ഗൃഹസ്ഥനുമാണ് ജ്ഞാനിയുമാണ് അതൊരാളിന്റെ അന്തരംഗത്തിന്റെ കാര്യമാണ് മറ്റൊരാൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റും അങ്ങനെ ആകാമെന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുമുണ്ട് അങ്ങനെ ആകാമെങ്കിൽ നല്ലത് തന്നെ പക്ഷെ ശങ്കരാചാര്യം അത് സംഭവിക്കുന്നില്ല ഉപേക്ഷിച്ച് പറ്റുന്ന പറഞ്ഞു അപ്പോ സന്യാസത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമത്തിൽ അത് സാധ്യമല്ല എന്നുള്ളതാണ് ആചാര്യസ്വാമികളുടെ താത്പര്യം എന്നുള്ളത് ഈ മന്ത്രത്തിൽ നിന്നും അടുത്ത മന്ത്രത്തിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം തുടർന്നുള്ള ഭാഗം നമ്മൾ അടുത്ത ദിവസം ഓണമുദേശമാവണ്ണമേ വശിഷ്യത്തി ഓ ശാന് ശാന്തി ഓ ശ്രീഗുരുഭ്യോ നമ